പാർത്ഥസാരഥി ശ്രാവി ശുഭിരും പാർത്ഥയാർത്തിഹരോ ദഹമൂർത്തിനേ മോഹകലിലം ബുദ്ധിവ്യതികരി തേദം ശ്രോതവ്യത വിഷയമായാ ഭഗവത്ഗീതയിലെ സ്ഥിതപ്രജ്ഞലക്ഷണം അതാരംഭിക്കുന്നതിനു മുമ്പായിട്ട് ഭഗവാൻ രണ്ട് ശ്ലോകങ്ങളിൽ അതിനെ സൂചിപ്പിക്കുന്നു യഥാ മോഹകലിലം ബുദ്ധിമരി താസിദം ശ്രോതവ്യുത യപ്പോഴാണോ തേ ബുദ്ധി അങ്ങയുടെ തന്റെ ബുദ്ധി മോഹകലിലം വ്യതിതരിഷ്യത്തി മോഹത്തിന്റെ കലിലം എന്നുവെച്ചാൽ കളങ്കം ദുഃഖം ദുഃഖമുണ്ടാക്കുന്നത് അതിനെ കടക്കുന്നുവോ അതോടുകൂടെ ഇനിയിപ്പോ അറിഞ്ഞുകഴിഞ്ഞതും തനിക്ക് പ്രയോജനമില്ല ഇനി പുതിയതായിട്ട് അറിയാൻ ഒട്ടും ബാക്കിയില്ലതാണ് ശ്രോതവ്യസെ ശ്രുതസ്യ ചോ നമ്മളുടെ സത്സംഗത്തിന്റെ പ്രയോജനം തന്നെ ഈ മോഹകലിലം നീക്കലാണ് ഇന്ന് രാവിലത്തെ പ്രഭാഷണത്തിലും അതായിരുന്നു വിഷയം മുക്തി സത്സംഗത്തിന്റെ പ്രയോജനവും ഈ മോഹകലിലം മോഹം എന്ന് വച്ചാൽ ഭ്രമം ഡലൂഷൻ അജ്ഞാനം എന്നർത്ഥം ആ മോഹത്തിനെ നീക്കലാണ് സത്സംഗത്തിന് പ്രയോജനം സത്സംഗത്തിൽ തുടർന്നുള്ള പരിശ്രമം കൊണ്ട് അകമേക്കുള്ള ഈ മോഹം നീങ്ങിയിട്ട് ആത്മതത്വപ്രകാശം ഉണ്ടാവുന്നു അതാണ് ഭഗവാൻ മോഹകലിലം വ്യതി ദക്ഷ്യതീതം ഒരു മുള്ളുകൊണ്ട് മറ്റൊരു മുള്ളെടുത്ത് രണ്ടു മുള്ളും കളയുന്ന പോലെ ഈ അധ്യാത്മവിദ്യ കൊണ്ട് ചിത്തത്തിലുള്ള ബാക്കിയുള്ള ചാഞ്ചല്യങ്ങളൊക്കെ കളയുന്നുണ്ട് അത് കളഞ്ഞു കഴിഞ്ഞാലോ ഈ അധ്യാത്മവിദ്യ പോലും പിന്നീട് ആവശ്യമില്ല എന്നാണ് തഥാകന് നിർവേദം വെച്ചാൽ ഇവിടെ അറിവ് എന്നർത്ഥം ഇനി ഒന്നും അറിയാൻ ബാക്കിയില്ല ഇനി എന്തറിഞ്ഞിട്ട് എന്ത് ചെയ്യാന ശ്രോതവ്യം ഇനി പുതിയതായിട്ട് കേൾക്കാൻ ഒന്നും ബാക്കിയില്ല ശ്രുതമായിട്ടുള്ളത് പ്രയോജനമില്ല അറിവ് സാധാരണമായി രണ്ടുവിധത്തിലാണ് ഒന്ന് അറിയപ്പെട്ടത് അതായത് നോൺ മറ്റൊന്ന് അറിയപ്പെടാത്തത് അണ്ണോൺ ഇതൊക്കെ സയൻസിന്റെ മണ്ഡലത്തിൽ ഈ രണ്ടെണ്ണമാണ് ഉള്ളത് ഒന്ന് അറിയപ്പെട്ടത് ഒന്ന് അറിയപ്പെടാത്തത് അണ്ണോൺ ആയിട്ടുള്ളത് പൊട്ടൻഷ്യലി നോൺ ആണ് അത് ഫ്യൂച്ചറിൽ അറിയപ്പെടും എന്നാണ് അവരുടെ വാദം പക്ഷേ ഇത് രണ്ടിനും ആശ്രയമായിട്ടൊന്നുണ്ട് അൺനൂവബിൾ അതിനെ അറിയാൻ സാധ്യമല്ല അത് അറിവേ സ്വരൂപമായിട്ടുള്ളതാണ് അതിനെ അനുഭവമണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിനാ പേരാണ് അധ്യാത്മജീവിതം മതം എന്നൊക്കെ പറയുന്നത് അധ്യാത്മജീവിതം ഗീത ഉപനിഷത്ത് ഭാഗവതം എല്ലാത്തിന്റെയും പ്രയോജനം ഏതൊന്നിനെ അറിയാൻ സാധ്യമല്ലയോ അതിനെ അനുഭവത്തിൽ കൊണ്ടുവരിക ഇത് തന്നെ വിരോധാഭാസമാണ് അറിയാൻ സാധ്യമല്ലെങ്കിൽ പിന്നെ എങ്ങനെ അതിനെ അറിയും എന്നുവെച്ചാൽ അത് നമ്മളുടെ സ്വരൂപമാണ് അത് നമ്മളാണ് അതിനെ അനുഭവത്തിൽ കൊണ്ടുവരുന്നതിന് പേരാണ് ആത്മജ്ഞാനം ആ അനുഭവം അകമയ്ക്ക് പ്രകാശിച്ചാൽ മോഹകലിലം വ്യതിതരിഷ്യതി മോഹം വിട്ടകലം വെളിച്ചം വരുമ്പോ ഇരുട്ടു പോകുന്ന പോലെ അത് അനുഭവത്തിൽ വന്നാൽ മനസ്സുകൊണ്ടുള്ള അറിവ് മനസ്സുകൊണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും അറിയലോ മനസ്സുകൊണ്ട് അറിഞ്ഞുവെച്ചത് കൊണ്ടുള്ള പ്രയോജനമോ ഇല്ല ഉപനിഷത്ത് രണ്ടുവിധത്തിലുള്ള അറിവിനെ കുറിച്ച് പറയുന്നു മുണ്ടക്കോപനിഷത്തിൽ അങ്കിരസൻ എന്ന് പറയുന്ന ഒരു ഋഷിയുടെ അടുത്ത് ശൌനകൻ എന്നുപേരുള്ള ഒരു ഗൃഹസ്ഥൻ അദ്ദേഹമാണ് ഭാഗവതത്തിലോ ഒക്കെ ചോദ്യകർത്താവ് ചോദിക്കുന്നതാണ് ഈ ശൗനകൻ അങ്കിരസനോട് ചെന്ന് ചോദിക്കുന്നു ഭഗവാനെ ഏതൊന്നിനെ അറിഞ്ഞാലാണോ മറ്റെല്ലാം അറിയപ്പെടുന്നത് അതിനെ എനിക്ക് ഉപദേശിച്ചു തരാ കസ്മിൻ ഭഗവോ വിജ്ഞാതേം വിജ്ഞാതം ഏകവിജ്ഞാനേനെ സർവവിജ്ഞാനം എന്നാണ് ഏതോ ഒന്ന് അറിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അറിയപ്പെടുന്നു അതെന്താന്ന് വെച്ചാൽ ഭഗവാനെ അതെനിക്ക് ഉപദേശിച്ചു തരൂ അപ്പൊ അങ്കിരസൻ പറയാണ് ഡയറക്റ്റായിട്ട് ഉപദേശിക്കണില്ല ആദ്യം ഇന്ന് രാവിലെ നമ്മളുടെ പ്രഭാഷണ വിഷയം പോലെ തന്നെ നഞ്ചിരസൻ പറഞ്ഞു രണ്ടു വിധത്തിലുള്ള അറിവുണ്ട് ഒന്ന് അപരാവിദ്യ ഒന്ന് പരാവിദ്യ നിങ്ങൾ എന്തൊക്കെ തന്നെ പുറമേ നിന്ന് പഠിച്ചാലും അറിഞ്ഞാലും റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാലും അതൊക്കെ തന്നെ പ്രകൃതിയുടെ ഫീൽഡിന്റെ ഉള്ളിൽ ഉള്ള അറിവാണ് അതിനെ അപരാവിദ്യ എന്ന് പറഞ്ഞു ആചാര്യസ്വാമികൾ ഭാഷ്യം എഴുതുമ്പോ കൂട്ടിച്ചേർത്തു അറിയാതെ അതിന് വിദ്യ എന്നുള്ള പേര് കൊടുത്തതാണ് അപരാവിദ്യ അവിദ്യ എന്ന് എഴുതി എന്താന്ന് വെച്ചാൽ അത് എന്തൊക്കെ തന്നെ അറിഞ്ഞാലും ഈ അപരാവിദ്യ അകമേക്ക് പ്രയോജനപ്പെടില്ല പുറമേക്ക് നമുക്ക് ഒരുപക്ഷെ പ്രസിദ്ധി വാങ്ങിച്ചു തരും സുഖങ്ങളുണ്ടാക്കിത്തരും പുറമേക്ക് പലവിധ അത്ഭുതങ്ങളും കാണിക്കും പക്ഷെ അതൊന്നും തന്നെ അകമേക്ക് ജീവനെ സ്പർശിക്കില്ല അതാണ് ഈ അപരാവിദ്യയുടെ ഒരു കുഴപ്പം അത് പഠിക്കാവുന്ന അറിവാണ് പഠിച്ച് ഉണ്ടാക്കാവുന്ന അറിവാണ് അറിയാവുന്ന അറിവാണ് അത് ധാരാളം അറിയും തോറും നമുക്ക് മറ്റുള്ളവരെ പറഞ്ഞ് ഭ്രമിപ്പിക്കാൻ കഴിയും തായ്മാനവർ എന്നൊരു മഹായോഗി അദ്ദേഹത്തിന്റെ തമിഴില് മനോഹരമായ ഒരു കൃതിയുണ്ട് പരാപരക്കണ്ണി അതിൽ തായ്മാനവർ സ്വാമികൾ പറയുന്നു ഭഗവാനെ ഞാൻ ധാരാളം പഠിച്ചു പഠിച്ച് വേദവേദാന്തങ്ങളുമൊക്കെ പഠിച്ച് ശാസ്ത്രങ്ങളുമൊക്കെ പഠിച്ച് ഞാൻ ഉപനിഷത്തിലുള്ള ബ്രഹ്മം ആത്മാ എന്നുള്ള പദങ്ങളൊക്കെ നിർലോഭമെടുത്ത് പ്രയോഗിച്ച് ബാക്കിയുള്ളവരെയൊക്കെ ഭ്രമിപ്പിക്കാൻ എനിക്ക് കഴിയണു കറ്റ അറിവാൽ ഉനൈനാൻ കണ്ടവൻ പോൽ ആടിൽ കുറ്റം എന്ന് എൻ നെഞ്ചേ കുതിക്കും പരാപരമേ നല്ലവണ്ണം പഠിച്ചിട്ട് ഞാൻ കണ്ടവൻ പോൽ ഏതോ എനിക്ക് ഡയറക്ട് എക്സ്പീരിയൻസ് ഉള്ള പോലെ ഉപനിഷത്തിലെ ബ്രഹ്മം ആത്മ അതെ ഇത് ഈ പദമൊക്കെ എടുത്തു വിളമ്പുന്നു അങ്ങനെ ഞാൻ ആടിൽ ആടുക എന്താ കള്ളം കപടം ചെയ്യ അങ്ങനെ കപടം ചെയ്താൽ കുറ്റം എൻ നെഞ്ചേ ഞാൻ ചെയ്യുന്നത് കുറ്റം എന്ന് എന്റെ ഹൃദയം തന്നെ എന്നെ കുത്തിക്കൊണ്ടിരിക്കുന്നു എന്താന്ന് വെച്ചാൽ ഈ അപരാവിദ്യ എത്ര വ്യക്തമായിട്ട് ബുദ്ധിയിൽ തെളിച്ചാൽ പോലും അകമേക്ക് അനുഭവത്തിൽ പരാജയപ്പെട്ടു പോകുന്നു പരാവിദ്യയോ പരാവിദ്യയെ ഒരു ലിമിറ്റിന് മേലെ വാക്കിൽ അങ്ങോട്ട് പറഞ്ഞറിയിക്കാനും പറ്റില്ല അതാണ് ദക്ഷിണാമൂർത്തി മൌനമായിട്ട് ഇരുന്ന് കളഞ്ഞത് സനകസനന്തന സനത്കുമാർ ആദികൾ ഒരു സദ്ഗുരുവിനെ അന്വേഷിച്ച് പുറപ്പെട്ടു അങ്ങനെയാണ് ദക്ഷിണാമൂർത്തിയുടെ അടുത്ത് വന്ന് എത്തണത് സനകൻ സനന്തനൻ സനാതനൻ സനത്കുമാരൻ നാലുപേരും ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണ് ജനിക്കുമ്പോ തന്നെ പരമവിദഗ്ധരായിട്ട് ജനിച്ചു അവർക്ക് ലോകവ്യവഹാരങ്ങളിൽ ഉദ്ദേശമില്ല ബ്രഹ്മാവ് പറഞ്ഞു നിങ്ങൾ പോയി സൃഷ്ടി വിവർദ്ധനം ചെയ്യുക എന്ന് ഇതൊക്കെ ഭാഗവതം പഠിച്ചിട്ടുള്ളവർക്ക് അറിയുന്ന കഥയാണ് അവർ പറഞ്ഞു ഈ പണിക്ക് ഞങ്ങളില്ല നിങ്ങളുടെ തലയിൽ എഴുത്തി സൃഷ്ടിക്കലൊക്കെ നിങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു മറ്റുള്ളവരെ സൃഷ്ടിയിൽ കൊടുക്കുകയും ചെയ്യണോ ഞങ്ങൾ ഈ പരിപാടിക്കില്ല ഞങ്ങൾക്ക് ഈ സൃഷ്ടി മുഴുവൻ അവസാനിച്ചു കിട്ടണം എന്നുവെച്ചാലോ പരിപൂർണമായ മുക്തിസുഖം അനുഭവിക്കണം അതിന് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു തരണം അതിനൊരാചാര്യൻ വേണം എന്നപ്പോൾ അച്ഛനോട് തന്നെ ചോദിച്ചുകൂടെ എന്ന് വെച്ചാൽ അച്ഛനെ വലിയ ഇഷ്ടം പോരാ എന്താന്ന് വെച്ചാൽ അവരുടെ കണക്കുപ്രകാരം ബ്രഹ്മാവ് ലൌകികൻ സരസ്വതീദേവി വീണ വായിക്കുന്നു അദ്ദേഹം ആസ്വദിച്ചു ഇത് കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടമല്ല ശരി എന്നാൽ വൈകുണ്ഠത്തിൽ പോയി വിഷ്ണുവിനോട് ചോദിക്കാം എന്ന് പറഞ്ഞു വൈകുണ്ഠത്തിൽ പോയി എത്രയും വൈകുണ്ഠത്തിൽ പോയപ്പോ അയ്യയെ കാണാവും എന്താന്ന് വെച്ചാൽ അച്ഛനെ വേണ്ടില്ല അച്ഛനേതോ സരസ്വതി വായിക്കുന്നു ഒരു ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് ഇദ്ദേഹം ആദിശേഷന്റെ മേലെ കിടന്നുകൊണ്ട് ലക്ഷ്മി കാലില് മസാജ് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കണു ഇത് അതിനേക്കാളും വലിയ ലൌകികം അപ്പ എന്നാ കൈലാസത്തിലേക്ക് പോവാം എന്ന് പറഞ്ഞ് കൈലാസത്തിൽ ചെന്നു എന്നാണ് അവിടെ ചെന്നപ്പോൾ പകുതി ശരീരം പാർവതിക്ക് കൊടുത്ത അർദ്ധനാരീശ്വരൻ അപ്പൊ ഇവർക്ക് ഇനി ഗുരുക്കന്മാരെ അന്വേഷിക്കണതേ നിർത്തി അവർ യാത്രയായി അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് പാർവതീദേവി ശിവനോട് പറഞ്ഞു അത്രേ അവര് പാവം പരമവിദക്തനായ ഒരു ഗുരുവിനെയാണ് അവരന്വേഷിക്കുന്നത് അവരുടെ മുമ്പിൽ നിങ്ങളിങ്ങനെ സ്ത്രീസഹിതമായിട്ട് ദർശനം കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവില്ല അതുകൊണ്ട് ഒരു ഗുരു ശിഷ്യൻ ഗുരുവിനെ മനസ്സിലാക്കണം എന്ന് പ്രതീക്ഷിക്കരുത് എങ്ങനെയാണെങ്കിൽ ശിഷ്യന് ഇഷ്ടപ്പെടുവോ അതുപോലെ നിന്നുകൊടുക്കണം അതാണ് ഗുരുവിന്റെ കാരുണ്യം അതുകൊണ്ട് അവർക്കിഷ്ടപ്പെടുന്ന രീതിയിൽ അവരുടെ മുമ്പിൽ ആവിർഭവിച്ച് അവർക്ക് തത്വോപദേശം ചെയ്യുക എന്ന് പാർവതി പറഞ്ഞപ്പോഴാണത്രേ സനക സന്നനാദികൾ വരുന്ന വഴിയില് ഒരു വടവൃക്ഷത്തിന്റെ ചുവട്ടില് യുവാവായിട്ട് വെറും പതിനാറ് വയസ്സ് പ്രായമുള്ള യുവാവായി ബ്രഹ്മ തേജസ്സോടുകൂടെ ഭഗവാൻ ഇരിക്കുന്നു ചിത്രം ആശ്ചര്യം ആചാര്യസ്വാമികൾ തന്നെ പറയുന്നു ആശ്ചര്യം വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ വൃദ്ധാശിഷ്യാഹ ഇവര് വൃദ്ധന്മാർ വൃദ്ധന്മാർ എന്ന് വെച്ചാൽ അവർ കുമാരന്മാരാണെങ്കിലും എത്രയോ കാലമായി അവർ വന്നിട്ട് അന്വേഷിക്കാൻ തുടങ്ങി വൃദ്ധാശിഷ്യാഹ ഗുരുവ ഗുരു യുവാവായിട്ടിരിക്കുന്നു പതിനാറ് വയസ്സ് പ്രായമുള്ള യൗവനം ദക്ഷിണാമൂർത്തിക്കും ദക്ഷിണാമൂർത്തി എന്ന് വെച്ചാൽ തന്നെ ജ്ഞാനസ്വരൂപനായ മൂർത്തി എന്നർത്ഥം തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന മൂർത്തി എന്നർത്ഥം ദക്ഷിണാമൂർത്തിയാണ് അദ്ദേഹം ദക്ഷിണാമൂർത്തിയല്ല ജ്ഞാനസ്വരൂപമായ അമൂർത്തി അദ്ദേഹം തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു എന്താ തെക്കോട്ട് തിരിഞ്ഞപ്പോൾ ഒരു വലിയ വൈശിഷ്ട്യംന്ന് വെച്ചാൽ എല്ലാവർക്കും തെക്കോട്ട് തിരിഞ്ഞിരിക്കാൻ പേടിയ വീട്ടിലൊക്കെ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിച്ചു നോക്കൂ ഏയ് തെക്കോട്ട് നോക്കിയിരിക്കാൻ പാടില്ല എന്ന് പറയും എന്താണെന്ന് വെച്ചാൽ മൃത്യുവിന്റെ സ്ഥാനമാണ് മരണത്തിന്റെ സ്ഥാനമാണ് മരണത്തിനെ എല്ലാവർക്കും പേടി പക്ഷെ സാക്ഷാത്കാരം വേണമെങ്കിൽ ജ്ഞാനം വേണമെങ്കിൽ മരണത്തിനെ ഫേസ് ചെയ്യണം എന്നാണ് മരണത്തിനെ അഭിമുഖീകരിക്കണം എന്നുള്ളത് കാണിച്ചതിരെയാണ് അദ്ദേഹം തെക്കോട്ട് തിരിഞ്ഞിരുന്നത് അങ്ങനെ തെന്മുഖമായിട്ടിരിക്കുന്ന ദക്ഷിണാമൂർത്തിയുടെ മുമ്പില് സനകസനന്തനാദികൾ ചെന്നിരുന്നു എന്നിട്ട് ഉപദേശം എങ്ങനെയാ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ഒരു വാക്കുരിയാടാതെ ഒരു വാക്കുച്ഛരിക്കാതെ ഗുരോസ്തു മൗനം വ്യാഖ്യാനം മൗനമായിട്ട് ഗംഭീരമായിട്ടുള്ള മൗനം ശിഷ്യാസ്തു ചിഹ്ന സംശയാ ആ മൗനത്തിൽ ശിഷ്യന്മാരുടെ സന്ദേഹം സംശയങ്ങളൊക്കെ തന്നെ അകന്നുപോയി മൗനത്തിൽ സന്ദേഹം അകന്നുപോവോ എന്ന് വെച്ചാൽ മൌനത്തിലെ അകന്നു പോവുകയുള്ളൂ ഉത്തരം തന്നിട്ട് സംശയം അകന്നുപോവില്ല ഈ സംശയം വരിക എന്ന് പറയണത് മനസ്സിന്റെ ഒരു സൂക്കേടാണ് ഒരു സംശയം തീർന്നാൽ മറ്റൊരു സംശയം ഉദിക്കും ആ സംശയം തീർന്നാൽ മറ്റൊരു സംശയം ഉദിക്കും ചിത്തവൃത്തികളാണല്ലോ സംശയം എന്ന് വെച്ചാൽ എന്താ ഉള്ളിൽ ഏർപ്പെടുന്ന ഒരു ഡിസ്റ്റർബൻസ് ആ ഡിസ്റ്റർബൻസിനെയാണ് നമ്മൾ സംശയം എന്ന് വിളിക്കണത് എല്ലാ സംശയത്തിന്റെയും ഉറവിടമോ മനസ്സാണ് മനസ്സിന്റെ ഉറവിടമോ അഹങ്കാരം അപ്പൊ അഹങ്കാരമാണ് സംശയത്തിന്റെ ഉറവിടം അതുകൊണ്ടാണ് രമണ മഹർഷി ആരെങ്കിലും ഒക്കെ സംശയം ചോദിക്കുമ്പോൾ അധികമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സംശയിക്കണ ആളെ സംശയിക്കൂ എന്ന് പറയും ഡൌട്ട് ദ ഡൗട്ടർ ആർക്ക് സംശയം വരണു എനിക്ക് സംശയം ഈ സംശയിക്കണ ഞാൻ ആരാ എന്ന് തന്നെ തന്നെ സംശയിച്ചു നോക്കിയാൽ തന്റെ മൂലം അന്വേഷിച്ചു നോക്കിയാൽ ഈ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചു നോക്കിയാൽ ഈ ഞാൻ എന്നുള്ളത് തന്നെ കള്ളമാണ് ഈ കള്ളമായ അഹങ്കൃതിക്ക് ഒരു മനസ് ആ മനസ്സിലൊരു സംശയം ഈ സംശയിക്കണവൻ തന്നെ അവിദ്യയാണ് അജ്ഞാനത്തിന്റെ ഓഫ്ഷൂട്ടാണ് ഈ സംശയത്തിനെ അകറ്റുന്നതിന് പകരം മനസ്സ് നിശ്ചലമായാൽ സംശയമൊക്കെ അകന്നുപോകും പിന്നെ ഒരു സംശയം നമ്മൾ ചോദിക്കില്ല മനസ്സിന്റെ ചാവല്യത്തിൽ നിന്നാണ് സകല സംശയങ്ങളും ഉറവെടുക്കുന്നത് ഉദിക്കണത് മനസ്സ് അടങ്ങിയാൽ സംശയമൊന്നും തോന്നില്ല മനസ്സടങ്ങുന്നതോടുകൂടെ സംശയവും അടങ്ങിപ്പോകും അങ്ങനെ ദക്ഷിണാമൂർത്തിയുടെ സാന്നിധ്യത്തില് സനകസന്നനാദികൾക്ക് സംശയങ്ങളൊന്നും തന്നെ ചോദിക്കാനില്ലാതെ ചിത്തം അടങ്ങിപ്പോയി എത്രയോ മഹാത്മാക്കളുടെ കഥ തത്വരായർ എന്ന് പറയുന്ന ഒരു മഹായോഗി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ഈ തത്വരായർ തന്നെ ഒരു കവിയായിരുന്നു തത്വരായരുടെ ഗുരു സ്വരൂപാനന്ദ് ഈ തത്വരായർ സ്വരൂപാനന്ദന്റെ പേരിൽ തന്റെ ഗുരുവിന്റെ പേരിൽ തമിഴിൽ ഒരു കവിത ഒരു ഭരണി ആ ഭരണിയില് ഗുരുവിനെ സ്തുതിച്ചു പാടി എന്നിട്ട് തമിഴ് വിദ്വാൻമാരുടെ സദസ്സിൽ ആ കവിത അവതരിപ്പിച്ചു തമിഴിലുള്ള എല്ലാ വിദ്വാൻമാരും എതിർത്തു എന്താന്ന് വെച്ചാൽ ഈ ഭരണി പാടാൻ ആർക്കാ യോഗ്യത എന്ന് വെച്ചാൽ ഒരായിരം പേരെങ്കിലും യുദ്ധത്തിൽ കൊന്ന പോരാളിക്ക് ആണത്ര ഈ ഭരണി പാടുക എന്നുവെച്ചാൽ യുദ്ധത്തില് ഒരായിരം പേരെങ്കിലും വധിച്ച ഒരു പോരാളി മഹാപരാക്രമശാലിയായ ഒരു പോരാളിയുടെ പേരിൽ മാത്രമേ ഭരണി പാടാൻ പാടുള്ളൂ ഒരു സന്യാസിയുടെ പേരിൽ ഈ പാട്ട് പാടരുത് ഈ രീതിയിൽ സ്തുതിക്കരുത് എന്ന് പണ്ഡിതന്മാര് സദസ്സുള്ളവരൊക്കെ വാദിച്ചു അപ്പോ തത്വരായർ പറഞ്ഞു നിങ്ങൾക്ക് എന്റെ ഗുരുവിന്റെ പേരിൽ ഞാൻ പാടിയതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്റെ ഗുരുനാഥനെ ഞാൻ ഈ സദസ്സിലേക്ക് വിളിച്ചുകൊണ്ടുവരാം ഇവിടെ എത്രയധികം ആളുകളുണ്ടോ അത്രയും ആളുകളെ നിങ്ങൾ കൂട്ടിക്കൊള്ളുക പണ്ഡിതന്മാരെയൊക്കെ കൂട്ടിക്കൊള്ളുക എന്നിട്ട് അദ്ദേഹത്തിനോട് തന്നെ ഈ സംശയം സാധിക്കുമെങ്കിൽ ചോദിച്ചുകൊള്ളാം തത്വരായർ തന്റെ ഗുരുവായ സ്വരൂപാനന്ദനെ രാജസദസ്സിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു വേണ്ട ബഹുമാനത്തോടു കൂടെ വിളിച്ചുകൊണ്ടുവന്നു സ്വരൂപാനന്ദൻ രാജസദസ്സിൽ വന്നു അദ്ദേഹത്തിനൊരാസനം കൊടുത്തിരുന്നു അദ്ദേഹം അവിടെ വന്ന് ഇരുന്നു എല്ലാവരും സംശയം ചോദിക്കാൻ സ്വരൂപാനന്ദനെ വാദിക്കാനുമായിട്ടും മറ്റുമൊക്കെ തയ്യാറെടുത്തിരുന്നതാണ് സദസ്ല് ആയിരക്കണക്കിന് പണ്ഡിതന്മാരുള്ള സദസ് സ്വരൂപാനന്ദ സ്വാമികൾ ആ സദസ്സിൽ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു പീഠത്തിൽ വന്നങ്ങനെ ഇരുന്നു ഇരുന്നു മിനിറ്റുകൾ കഴിഞ്ഞുപോയി മണിക്കൂറുകൾ കഴിഞ്ഞുപോയി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞുപോയി സദസ്സിലിരിക്കുന്ന ആയിരക്കണക്കിന് പേർക്കും ഒരു ചലനമില്ലായെന്നാണ് മൂന്നാമത്തെ ദിവസം വൈകുന്നേരം സ്വരൂപാനന്ദ സ്വാമികൾ അദ്ദേഹം ഒരു അവധൂതനായിരുന്നു ആരോടും പറയാതെ സദസ്സിന്ന് എഴുന്നേറ്റ് പോയി അദ്ദേഹം എഴുന്നേറ്റ് പോയപ്പോ എല്ലാവരുടെ മനസ്സിന് ചലിക്കാൻ തുടങ്ങി എല്ലാവരും എഴുന്നേറ്റു എല്ലാരും തത്വരായരെ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഭരണിയല്ല ഒരായിരം ഭരണി പാടിയാലും പോരാ ആളുകളെ കൊല്ലുന്നതൊക്കെ എത്ര എളുപ്പം ഇത് ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സ് ഒരേ ക്ഷണം നിശ്ചലമായി നിൽക്കുന്നത് ഒരു ജ്ഞാനിയുടെ സന്നിധിയിൽ എവിടെ പറ്റും ഒരു മഹാത്മാവിന്റെ സാന്നിധ്യത്തിലല്ലാതെ എവിടെ പറ്റും അതിനേക്കാളും വലിയ യോഗ്യത വേറെ എന്താ ഉള്ളത് അപ്പോ മോഹം എന്ന് വച്ചാൽ തന്നെ മനസ്സാണ് മോഹത്തിനെ തരണം ചെയ്യൽ എന്ന് പറയുന്നതോ നിശ്ചലതത്വമാണ് ഈ മനസ്സ് നിശ്ചലതയിലേക്ക് വരത് അതിനാണ് അത് നിശ്ചലതയിലേക്ക് വരൽ എന്ന് പറയുന്നത് എന്തെങ്കിലും പുസ്തകം പഠിച്ചത് മെക്കാനിക്കലായിട്ട് എന്തെങ്കിലും മാർഗത്തിലൂടെയോ സാധ്യമല്ല ഒരു സദ്ഗുരുവിന്റെ സാന്നിധ്യം വേണം അതിന് തത്വരായരുടെ കഥ തന്നെ ഉദാഹരണമാണ് തത്വരായരുടെ ഗുരുവായി സ്വരൂപാനന്ദൻ കഥ പറയണത് നമ്മള് പല ഡിസ്റ്റർബൻസും ഉണ്ടോ വിഷയത്തിലേക്ക് പതുക്കെ വരാൻ വേണ്ടിയിട്ടാണ് തത്വരായരുടെ ഗുരുവായ സ്വരൂപാനന്ദൻ അദ്ദേഹത്തിന്റെ ചെറിയച്ഛനായിരുന്നു പൂർവാശ്രമത്തിൽ രണ്ടുപേരും മഹാപണ്ഡിതന്മാരായിരുന്നു തർക്കശാസ്ത്ര പണ്ഡിതന്മാര് വേദാന്തവും ശാസ്ത്രവും ഒക്കെ അവർക്ക് നല്ലവണ്ണം അറിയാം രണ്ടുപേരും ഒന്നിച്ച് ശാസ്ത്ര ചർച്ച ചെയ്യും അവരെ തോൽപ്പിക്കാനോ അവരോട് വാദിച്ച് ജയിക്കാനോ കഴിവുള്ളവർ ആ നാട്ടിലാരും ഉണ്ടായിരുന്നില്ല എന്നാണ് അങ്ങനെ ഇവര് രണ്ടുപേരും കുറെ കാലം കഴിഞ്ഞപ്പോൾ ആ നാട്ടിലുള്ള പണ്ഡിതന്മാരെയൊക്കെ ഇവർ തോൽപ്പിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ തോൽപ്പിക്കാനൊട്ട് ആരുമില്ല ീ പവനവനേ ഉള്ളൂ അപ്പോഴാണ് ഒരു ദിവസം സ്വരൂപാനന്ദൻ തത്വരായരോട് പറഞ്ഞത് അദ്ദേഹത്തിന് അടക്കമുള്ള ആളാണ് ഈ സ്വരൂപാനന്ദൻ തത്വരായർക്ക് അടക്കം പോരാ ഈ തത്വരായരോട് സ്വരൂപാനന്ദൻ പറഞ്ഞു നമ്മൾ ഇത്രയൊക്കെ ആളുകളെയൊക്കെ തോൽപ്പിച്ചു പാണ്ഡിത്യം കൊണ്ട് എത്രയോ ഗർജനം ചെയ്തു എന്നിട്ടും നമ്മളുടെ ബുദ്ധി നമുക്ക് മേലെ ഗർജനം ചെയ്യുന്നു എന്നുവെച്ചാൽ നമുക്ക് സമാധാനം ഇല്ല അകമയ്ക്ക് നമ്മൾ ബാക്കിയുള്ളവരെയൊക്കെ തോൽപ്പിച്ചുവെങ്കിലും നമ്മളുടെ മനസ്സ് നമ്മളെ തോൽപ്പിച്ച് അശാന്തി ഉണ്ടാക്കിക്കൊണ്ടേ അകമേക്ക് ഇരിക്കണു നമ്മൾ ഇത്രയൊക്കെ ശാസ്ത്രം പഠിച്ചിട്ടു എന്തു പ്രയോജനം ഈ ശാസ്ത്രപാഠം ഒന്നും തന്നെ നമുക്ക് അകമേക്കൊരു തൃപ്തി ഒരു ശാന്തി ഒന്നും തന്നില്ല നമ്മള് ബ്രഹ്മം ആത്മാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ആത്മാവിന്റെ സ്വരൂപലക്ഷണമായ ശാന്തി ആ ശാന്തി നമ്മളുടെ ഉള്ളിൽ ഇതുവരെ ആയിട്ട് നമ്മൾ അനുഭവിച്ചിട്ടില്ല നമ്മളുടെ തലയൊക്കെ ശാസ്ത്രം ചിന്തിച്ച് ചിന്തിച്ച് ചുട്ടു പഴുത്തിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഈ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഈ ആത്മവിഷയമായ ഈ വിദ്യയെ അനുഭവത്തിൽ കൊണ്ടുവരണം നമ്മളുടെ ഈ പാഠം പഠിച്ചത് ബുദ്ധി തെളിഞ്ഞു പക്ഷെ ബുദ്ധി തെളിഞ്ഞതുപോലെ അനുഭൂതി തലത്തിൽ മനസ്സ് അടങ്ങിത്തരണം നമുക്ക് നമ്മളുടെ ബുദ്ധിയും ചേഷ്ടകൾ ഉപനിഷത്ത് തന്നെ പറയണത് ഇന്ദ്രിയങ്ങൾ അഞ്ചു ഒടുങ്ങി ബുദ്ധിയും അതിന്റെ ചേഷ്ടവിടുന്ന സ്ഥിതിക്ക് യോഗം എന്നുപേരുന്നതാണ് യഥാ പഞ്ചാവതിഷ്ഠി മനസാസഹ ബുദ്ധിശ്ശന വിചേഷ്ടഞ്ചിന്ദ്രിയങ്ങളും ചലനമില്ലാതെ നിൽക്കുന്നു ബുദ്ധിയും ചേഷ്ടവിട്ട് അടങ്ങുന്ന സ്ഥിതിക്ക് പരമമായ സ്ഥിതി എന്നുപേര് അപ്പൊ ആ യോഗസ്ഥിതിയെ നമ്മൾ എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കണം സാധിക്കണമെങ്കിൽ ഒരു സദ്ഗുരു ആ സ്ഥിതിയിലിരിക്കുന്ന ഒരാളിൽ നിന്നേ അത് ഒരു വിളക്കിൽ നിന്നേ മറ്റൊരു വിളക്ക് കൊളുത്താൻ പറ്റുള്ളൂ വിളക്കിന്റെ ഫോട്ടോയിൽ നിന്ന് കൊളുത്താൻ പറ്റില്ല വിളക്കിനെ വീഡിയോ എടുത്തു വെച്ചാൽ വിളക്ക് പോലെ തന്നെ ഉണ്ടാവും എന്നാലും അതൊന്നും മറ്റൊരു വിളക്ക് കൊളുത്താൻ പറ്റില്ല അതേപോലെയാണ് ഈ അധ്യാത്മവിദ്യയും ഒരു ജ്വലിക്കുന്ന ഒരു കേന്ദ്രത്തിൽ നിന്നേ മറ്റൊരു കേന്ദ്രത്തിലേക്ക് ഇത് പകർത്താൻ ഒക്കുകയുള്ളൂ പക്ഷേ അതിനോടുകൂടെ മറ്റൊരു നിയമവും ഉണ്ട് നമ്മൾ ആരിൽ നിന്ന് നമുക്കത് കിട്ടണമോ അവരുടെ മുമ്പിൽ ചെന്ന് നമ്മൾ അടങ്ങണം അടക്കം വന്നാൽ ശരണാഗതി വന്നാലേ ഒക്കെ ഉള്ളു ശരണാഗതി വരണമെങ്കിലും അവർ നമ്മളെക്കാളും വലിയവരാണെന്ന് തോന്നണം അവരോട് ബഹുമാനം വരണം പ്രിയം വരണം ഇതൊക്കെ വന്നാലേ ശരണാഗതി വരുവുള്ളൂ ഇപ്പൊ ഈ സ്വരൂപാനന്ദനും ഒരു ഗുരുവിനെ അന്വേഷിച്ച് പുറപ്പെട്ടു പക്ഷെ എവിടെ പോയാലും ഏത് ഗുരുവിനോടും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് കാണും എന്താണെന്ന് ഇവർ ധാരാളം പഠിച്ചവരാണ് അധികം പഠിപ്പ് ആളാണെങ്കിൽ ആരുടെ മുമ്പിൽ അടങ്ങും പക്ഷെ ഇവർക്ക് പഠിപ്പുള്ളത് കൊണ്ട് എല്ലാരേം ഇവര് ഇവരുടെ ബുദ്ധി കൊണ്ട് പരീക്ഷിച്ചു നോക്കും എത്ര കണ്ട് ഇവർക്ക് യോഗ്യതയുണ്ടോ എന്ന് നോക്കും കുറഞ്ഞുപോകും ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് അവസാനം ഒരു വർഷത്തിലധികം അലഞ്ഞു തിരിഞ്ഞിട്ടും ഇവർക്കൊരു സദ്ഗുരുപ്രാപ്തി ഉണ്ടായില്ല ഒരു ദിവസം സ്വരൂപാനന്ദ സ്വാമി പറഞ്ഞു നമ്മൾ രണ്ടുപേരും കൂടെ അലഞ്ഞാൽ കിട്ടില്ല രണ്ടുപേരും വഴിമാറി സഞ്ചാരം ചെയ്യാം നമുക്ക് എവിടെയെങ്കിലും ഒരു സദ്ഗുരുവിന്റെ കൃപ ലഭിച്ചുവെങ്കിൽ ഇതിൽ ഒരാൾക്ക് കിട്ടിയാൽ അയാൾ മറ്റേ ആൾക്കു ഗുരു അങ്ങനെ ഒരു നിബന്ധനയോടുകൂടെ രണ്ടുപേരും ഒരു ആലുമരത്തിന്റെ ചുവട്ടിൽ നിന്നും വഴിപെരിഞ്ഞു രണ്ടുപേരും രണ്ടു വശത്തേക്ക് പോയി അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് അവിടെ തന്നെ കാണാം എന്നുള്ള നിബന്ധനയോടുകൂടെ പോയി സ്വരൂപാനന്ദ അദ്ദേഹത്തിന്റെ പൂർവാശ്രമ നാമം വേറെ ആണ് അദ്ദേഹം ഇങ്ങനെ അലഞ്ഞലഞ്ഞ് നടന്ന് അദ്ദേഹത്തിന് ഏതോ ഒരു യോഗിയുടെ കൃപയുണ്ടായി കൃപ മൂലം അദ്ദേഹത്തിന് സ്വാനുഭൂതി സിദ്ധിച്ചു സ്വരൂപാനുഭൂതി സിദ്ധിച്ച് യതിയായി സന്യാസിയായി അദ്ദേഹം പാരിവ്രജ്യത്തിൽ ഇങ്ങനെ അലഞ്ഞു നടന്ന് ഒരു വർഷത്തിനകം ഈ ആനുമരത്തിന്റെ ചോട്ടൽ തന്നെ വന്നിരുന്നു അപ്പോഴാണ് ഈ തത്വരായർ അദ്ദേഹത്തിന് ഒരിടത്തും പറ്റണില്ല കാരണം അദ്ദേഹത്തിന്റെ ബുദ്ധി തന്നെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ തടസ്സം പലർക്കും അങ്ങനെയാണ് ബുദ്ധി ലിമിറ്റിലധികം വളർത്തിക്കഴിഞ്ഞാൽ ആ ബുദ്ധി തന്നെ ഉള്ളിൽ തടസ്സം ചെയ്തുകൊണ്ടിരിക്കും സംശയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ചിലർക്ക് ധാരാളം പുസ്തകം പഠിച്ചു പഠിച്ച് പഠിച്ചിട്ട് അവർക്ക് നിർത്താൻ പറ്റാത്ത സ്ഥിതി വന്നു പോകും അവർക്ക് പിന്നെ പഠിക്കേണ്ടെന്ന് വെക്കാനും സാധ്യമല്ല അഡിക്ഷൻ അതിന് വിവേകാനന്ദ സ്വാമികളുടെ ഒരു പേര് പറയുന്നുണ്ട് ഇന്റലക്ച്വൽ ഓ പി എം മീറ്റിംഗ് എന്നാണ് ഡ്രഗ് അഡിക്ഷൻ പോലെ തന്നെ ഒരു അഡിക്ഷൻ ബുദ്ധി തത്വരായരുടെ കുഴപ്പം അതാണ് ഈ കുഴപ്പം കാരണം അദ്ദേഹം എത്ര അലഞ്ഞ് ഏത് ഗുരുവിന്റെ അടുത്തും അദ്ദേഹത്തിന് അടങ്ങാൻ പറ്റിയില്ല ശാന്തി ഉണ്ടായില്ല ഒരു വർഷത്തിന് ശേഷം ഈ മരത്തിന്റെ ചുവട്ടിലേക്ക് തന്നെ അദ്ദേഹം വന്നപ്പോൾ തന്റെ ചെറിയച്ഛൻ സ്വരൂപാനന്ദ സ്വാമികൾ അവിടെ നിഷ്ഠയിൽ ഇരിക്കുന്നുണ്ട് സ്വരൂപാനന്ദ സ്വാമിയെ കണ്ടതോടുകൂടെ തനിക്ക് സദ്ഗുരുവിനെ കിട്ടിയ ഒരു ഉണ്ടായി തത്വരായർ വന്ന് നമസ്കരിക്കുകയാണ് സ്വരൂപാനന്ദ സ്വാമികൾ അദ്ദേഹത്തിന്റെ ശിരസിൽ കൈവെച്ച് അനുഗ്രഹിച്ചു എന്നിട്ട് ഒരു വർഷക്കാലം ഇദ്ദേഹത്തിന് തത്വോപദേശം ചെയ്തു വേദാന്ത പാഠം പക്ഷേ ഇദ്ദേഹം അടങ്ങിയെങ്കിലും ഇയാളുടെ ബുദ്ധി അടങ്ങാൻ പറ്റണില്ല ചോദ്യം ചോദിച്ചു കൊണ്ടേയിരിക്കും അവസാനം ഗുരു എന്തു ചെയ്തുന്ന് വെച്ചാൽ ബുദ്ധിയെ കുറയ്ക്കാനുള്ള ചില മരുന്നുകളൊക്കെ വിധിച്ചു എന്താന്ന് വച്ചാൽ രണ്ടു ദിവസം പഴകിയ ചോറുണ്ണ ആവണക്കെണ്ണ തലയിൽ തളം കെട്ട എന്നിട്ട് ആവണക്ക് ചെടിയുടെ ചുവട്ടില് കിടക്ക ഇതൊക്കെ ഉഴുന്ന് ധാരാളം കഴിക്കുക ഇതൊക്കെ ബുദ്ധി കുറയാനുള്ള ഏർപ്പാടാണ് തൈ ഉഴുന്ന് ധാരാളം കഴിക്ക ആവണക്കെണ്ണ തലയിൽ തളം ആവണക്ക് ചെടിയുടെ ചുവട്ടിൽ കിടക്ക ഇങ്ങനെ കുറച്ചു ദിവസം ഇദ്ദേഹത്തിന് വിധിച്ചു പഥ്യം പോലെ മരുന്ന് പോലെ വിധിച്ചു എന്നിട്ടും പിടികിട്ടില്ല ഉപദേശിക്കും ഉപദേശിച്ച് തെളിയുക ഒക്കെ ചെയ്യും എന്നാലും അടക്കം അടക്കം അടങ്ങാൻ വയ്യ തർക്കം തർക്കം ഒരു ദിവസം ഒരു ക്രിട്ടിക്കൽ പോയിന്റില് സ്വരൂപാനന്ദ സ്വാമികൾ പറഞ്ഞു നീ സമുദ്രത്തിൽ ചെന്ന് ചാടുപ്പോ എന്ന് ഗുരു ശിഷ്യന്റെ അടുത്ത് പറഞ്ഞതാണ് ചെന്ന് മരിക്കൂന്നാണ് സമുദ്രത്തിൽ ചെന്ന് ചാടും ഗുരു പറഞ്ഞുവല്ലോ അടുത്ത ക്ഷണം ഇദ്ദേഹം പുറകോട്ട് നടക്കാൻ സമുദ്രതീരത്തിൽ എവിടെയോ ആണ് പുറകോട്ട് നടക്കാണ് സമുദ്രത്തിൽ ശരീരത്യാഗം ചെയ്യാം അപ്പൊ സ്വരൂപാനന്ദ സ്വാമി തന്റെ ഒരു ശിഷ്യനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇവൻ പോകുന്ന വഴിയിൽ എന്തൊക്കെ പറയുന്നു അതൊക്കെ എഴുതിയെടുക്കാം എല്ലാ എഴുതിയെടുക്ക അങ്ങനെ ഒരു ശിഷ്യനെ പറഞ്ഞു ഈ ശിഷ്യൻ ഈ തത്വരായർ പോകുന്ന വഴിയില് അത്യുജ്ജ്വലമായ വേദാന്ത ഗീതങ്ങൾ പാടുകയാണ് എന്താന്ന് വെച്ചാൽ അടക്കം വന്നു അപ്പം ഗുരു ചെന്ന് മരിക്കാൻ പറഞ്ഞപ്പോ അകമയ്ക്ക് പറയണം സംഭവിച്ചു അകമയ്ക്ക് അഹങ്കാരം മരിച്ചുപോയി ഇദ്ദേഹം പോകുന്ന വഴിയിൽ ഗുരുവിനോട് സദ്ഗുരുവിനോട് പറയാണ് എത്രയോ ജന്മങ്ങളായി ഞാൻ അജ്ഞാനത്തില് ഭ്രമിച്ചു നടന്നു എന്റെ ഉള്ളിൽ അഹങ്കാരം ഒരു മോഹകലിലമായിട്ട് വർധിച്ചു ആ മോഹകലിലം മരുഭൂമിയിൽ വെള്ളം കാണപ്പെടുന്ന പോലെ ശരീരം പ്രപഞ്ചം ശരീരത്തിന്റെ സ്വന്തമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉണ്മയാണെന്നുള്ള ഭ്രമത്തിന് എന്റെ ഉള്ളിൽ എനിക്ക് അന്തരാത്മാവായി എനിക്ക് സദാസിദ്ധമായ വസ്തുവായി നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ വസ്തുവായി എന്റെ അകമേ സദാ എനിക്ക് വഴികാട്ടിക്കൊണ്ടിരിക്കുന്ന സദ്ഗുരുവിനെ ഞാൻ മറന്നുകളഞ്ഞു ഇപ്പോ ആ സദ്ഗുരുവിന്റെ തന്നെ കൃപയാലെ എന്റെ അഹങ്കാരം ഇതാ നിശേഷം പോയിരിക്കണു ഈ ശരീരം എനിക്ക് ഇല്ലേയില്ല ശരീരം ഉണ്ട് എന്നുള്ള ഭ്രമം തന്നെ എന്നെ വിട്ടകന്നിരിക്കുന്നു എനിക്ക് നിത്യാനന്ദം അഖണ്ഡാകാരമായി എന്റെ ഉള്ളിൽ വികസിച്ചിരിക്കുന്നു ഞാനിതാ സദ്ഗുരുവിന്റെ കൃപയാലെ ഈ ശരീരം ഉണ്ട് എന്ന് തോന്നുന്ന ഈ ഭ്രമശരീരത്തിനെ സമുദ്രത്തിൽ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് ഇങ്ങനെ പുറകോട്ടു പോകുമ്പോഴാണ് സമുദ്രത്തിൽ കാല് വെക്കുമ്പോഴേക്കും സ്വരൂപാനന്ദ സ്വാമികൾ വിളിച്ചു വരൂ മതി വരൂ നീ നേടേണ്ടത് നേടിയിരിക്കണോ തത്വരായരെ വിളിച്ച് ആലിംഗനം ചെയ്തു എന്നാണ് അപ്പോ ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം എത്രയധികം നിഗൂഢമാണ് ആശ്ചര്യ ഉപനിഷത്ത് പറയണത് ഒരു സദ്ഗുരു ആശ്ചര്യം അത് ആ ഗുരുവിൽ നിന്ന് നേടിയെടുക്കാൻ കഴിവുള്ള ഒരു ശിഷ്യൻ അതിനേക്കാളും ആശ്ചര്യം അങ്ങനെ രണ്ടും കൂടെ യോജിക്കുമ്പോഴാണ് ഈ മോഹകലിലം അകമേ നിന്ന് അകലണത് അകമേ ോഹകളിലും ബുദ്ധിർ വ്യതിതരിഷ്യതി തഥാഗന്താസി നിർവേദം ആ ഉള്ളില് അഹങ്കാരം അകന്നാൽ ആത്മതത്വം പ്രകാശിക്കും ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കുന്നത് എന്താണ് എന്ന് അന്വേഷിച്ച് അകമേക്ക് ചെല്ലുമ്പോ ഈ അഹം അഹങ്കാരം എവിടെ ഉദിക്കുന്നുവോ ഉദിക്കുന്ന സ്ഥാനത്ത് അടങ്ങും ഉദിക്കുന്ന സ്ഥാനത്ത് അത് അവിടെ താൻ താനായി മറ്റൊരു വസ്തു സ്വയംപൂർണമായി അകമയെ പ്രകാശിക്കും ആ സ്വയംപൂർണമായി പ്രകാശിക്കുന്ന വസ്തുവാണ് കൃപാശക്തി അത് തന്നെ ബോധം അത് തന്നെ ആത്മാ അത് തന്നെ ശിവസ്വരൂപം അത് തന്നെ സദ്ഗുരു ആ അകമയ്ക്ക് സ്വയം പ്രകാശിക്കുന്ന അഹംസ്രോതസ് ചിദ്വസ്തു ചിത്ശക്തി ആ ചിത്ശക്തിയുടെ ആവിർഭാവത്തിനെയാണ് ഭഗവാൻ ഇവിടെ മോഹകലിലം വ്യതിദരിഷ്യതി എന്ന് മോഹകലിലം എന്ന് മനസ്സ് നമ്മൾ മനസ്സിനെ വെച്ചുകൊണ്ടാണ് സാധാരണ ജീവിക്കുന്നത് പക്ഷേ ഈ ബോധമണ്ഡലത്തിനെ അകമേക്ക് കണ്ടെത്തിയാൽ പിന്നീട് മനസ്സുണ്ടാവും പക്ഷെ ആ മനസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണുന്ന ചന്ദ്രനെ പോലെയാണ് സൂര്യൻ ഉദിച്ച ശേഷം ചിലപ്പോൾ ചന്ദ്രനൊക്കെ കാണും അല്ലെ പകൽ സമയത്ത് ചന്ദ്രൻ കാണും പക്ഷെ ആ ചന്ദ്രന്റെ വെളിച്ചം നമുക്ക് പ്രയോജനമുണ്ടോ അതേപോലെ ജ്ഞാനിയിലും ഈ ബോധമണ്ഡലം അകമയ്ക്ക് തെളിഞ്ഞ ശേഷവും മനസ്സുണ്ടാവും പക്ഷെ ആ മനസ്സ് പകൽവേളയിൽ കാണുന്ന ചന്ദ്രനെ പോലെ അവിടെ ഇരുന്നു കൊണ്ടിരിക്കും എന്നല്ലാതെ അത് ഇയാളെ ദ്രോഹിക്കുകയുമില്ല അത് അയാൾക്ക് വ്യവഹാരത്തിന് വലിയ ആവശ്യവുമില്ല അതിനേക്കാളും ഉജ്ജ്വലമായ പ്രകാശം അകമയ്ക്ക് തെളിഞ്ഞിരിക്കുന്നത് അതാണ് തഥാഗന്ധാസി നിർവേദം ഇനി മനസ്സുകൊണ്ടുള്ള അറിവ് അവിടെ പ്രയോജനമില്ല എന്നാണ് തദാകന്താസി നിർവേദം ശ്രോതവ്യ ശ്രുതസ്യച്ച് പഠിച്ചു കഴിഞ്ഞതൊന്നും ഇനി പ്രയോജനമില്ല എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞോ ആ പഠിച്ചതൊന്നും ഇനി പ്രയോജനമില്ല തഥാകന്താസി നിർവേദം എത്രയോ പഠിച്ചിരിക്കുന്നു ആ പഠിച്ചതൊക്കെ ഇനി വല്ല പ്രയോജനമുണ്ടോ ഒന്നും പ്രയോജനമില്ല യാതൊന്നുകൊണ്ടും ഇനി പ്രയോജനമില്ലാത്തൊരു സ്ഥിതി കാരണമെന്താ അകമയ്ക്ക് ജ്ഞാനത്തിന്റെ പൂർണ്ണ സ്വരൂപം പ്രകാശിക്കണം സദാശിവ ബ്രഹ്മേന്ദ്രസ്വാമികൾ എന്നൊരു മഹാത്മാ ഉണ്ടായത് തമിഴ്നാട്ടില് ജനിച്ച അദ്ദേഹം ആന്ധ്രബ്രാഹ്മണ വംശമായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെ വലിയ യോഗിയായിരുന്നു അവർക്ക് അനേക വർഷത്തെ തപസന്റെ ഫലമായിട്ട് ജനിച്ച ഒരു കുട്ടിയാണ് ഈ സദാശിവ ബ്രഹ്മേന്ദ്ര സരസ്വതി അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു മൈസൂർ രാജാവിന്റെ സദസ്ല് പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരു പരമശിവേന്ദ്ര സരസ്വതി സ്വാമികൾ കാഞ്ചീമഠത്തിലെ സ്വാമിയായിരുന്നു അത്ര അന്ന് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പൂർവാശ്രമ പേര് ഞാനിപ്പോൾ മറന്നുപോയി അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു മൈസൂർ രാജാവിന്റെ സദസ്സിൽ അപ്പോ രാജ പണ്ഡിതന്മാരൊക്കെ വരുമ്പോ ആ പണ്ഡിതന്മാർക്കൊക്കെ ഇദ്ദേഹം സർട്ടിഫിക്കറ്റ് കൊടുത്താലേ രാജാവ് സമ്മാനം കൊടുക്കുകയുള്ളൂ ഇദ്ദേഹം ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല കാരണം ഇദ്ദേഹത്തിന്റെ അറിവിന്റെ മുമ്പിൽ ഒരാൾക്കും തല ഉയർത്താൻ പറ്റില്ല ഇദ്ദേഹത്തിന് ആരെയും സമ്മതിച്ചു കൊടുക്കൂല അദ്ദേഹം ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരുടെ ശാപം ഏറ്റുവാങ്ങേണ്ട ഒരു ഗതി വന്നപ്പോ ഒരു പണ്ഡിതൻ പരമശിവേന്ദ്ര സരസ്വതി സ്വാമിയോട് ചെന്ന് പറഞ്ഞു അങ്ങയുടെ ശിഷ്യൻ മഹാമേധാവി നല്ല ചെറുപ്പവയസ് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സേ ആയിട്ടുള്ളൂ മഹാബുദ്ധിശാലി പാണ്ഡിത്യത്തിൽ ജയിക്കാൻ ആർക്കും സാധ്യമല്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആധ്യാത്മികമായിട്ട് വലിയൊരു ട്രഷർ ഒരു നിധിയുണ്ട് അതൊക്കെ ഈ പാണ്ഡിത്യത്തിൽ വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുന്നു വരുന്നവരോടൊക്കെ വാദിക്കലും ചട്ടകൂടലും പുതിയ പുതിയ ശാസ്ത്രങ്ങൾ നോക്കലും പഠിക്കലും ഇതിൽ തന്നെ അദ്ദേഹം ബുദ്ധി ചെലവാക്കിക്കൊണ്ടിരിക്കണു എന്ന് പരമശിവേന്ദ്ര സരസ്വതിയോട് ചെന്ന് കംപ്ലൈന്റ് പറഞ്ഞു അമ്മ പരമശിവേന്ദ്ര സരസ്വതി അദ്ദേഹത്തിന് വിളിച്ചു വരുത്തി ഗുരു വിളിക്കണമെന്ന് പറഞ്ഞപ്പോ തന്നെ ഗുരുഭക്തി അപാരമായ ഗുരുഭക്തി അദ്ദേഹം രാജാവിന്റെ അടുത്തുള്ള ജോലി രാജിവെച്ച് ഗുരുവിന്റെ അടുത്തേക്ക് വന്നു ഗുരുവിന്റെ അടുത്ത് വന്നപ്പോ ഗുരു ചോദിച്ചു സദാശിവം നീ വായ അടക്കില്ലേ എന്ന് ചോദിച്ചു എത്ര കാലമായി ഇങ്ങനെ വളവള വളവളവള ഈ വരുന്നവരോടൊക്കെ വാദിക്കലും തോൽപ്പിക്കലും ചെയ്യുന്നു നീ ഇനി വായ അടക്കില്ലേ സ്വാമി അന്നത്തോടെ മൗനത്തിലായി എന്നുവച്ചാൽ അതിനുശേഷമാണ് സ്വാമി സന്യാസം കൊടുത്തത് സന്യാസം കൊടുത്തു അന്നത്തോടെ മൗനത്തിലായി മഹാപണ്ഡിതനായിരുന്നു എപ്പോഴെങ്കിലും ഒരു വാക്ക് രണ്ടു വാക്ക് പാടും പറയും ചിലപ്പോൾ പാടും അല്ലാതെ വ്യവഹാര വർത്തമാനങ്ങൾ ഒന്നുമില്ലാതായി മൗനവ്രതത്തിലായി സന്യാസം വാങ്ങി കാവേരിയുടെ തീരത്തില് ഒരു പാറപ്പുറത്തിരുന്നു കുറെ കാലം യോഗപരിശീലനം ചെയ്തു യോഗപരിശീലനം ചെയ്തു ഇപ്പൊ ഭഗവാൻ പറഞ്ഞ സ്ഥിതി ഉണ്ടല്ലോ ഇനി ഒന്നും പഠിക്കാനില്ല റിയാനും ഇല്ല എന്നുള്ള സ്ഥിതിയിലായി അവധൂത വൃത്തിയായി സ്വാമികൾക്ക് ഇതൊക്കെ അടുത്ത കാലത്ത് ഒരു നൂറ്റിയമ്പത് വർഷം ഇരുന്നൂറ് വർഷത്തിന്റെ അകമേ ഉള്ള കഥകളാണിതൊക്കെ സ്വാമികൾ അവധൂത ഏകദേശം തമിഴ്നാട് മുഴുവൻ പല സ്ഥലങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് മുഖ്യമായിട്ട് ട്രിച്ചി ഭാഗത്ത് കാവേരി തീരത്തില് ഒരിക്കൽ തമിഴ്നാട്ടിലൊരു അഗ്രഹാരത്തിലൂടെ സ്വാമികൾ നടക്കുകയായിരുന്നു അദ്ദേഹത്തിന് വസ്ത്രം പോലും ഇല്ല അവധൂതനാണ് ആചാര്യസ്വാമികളടുത്ത് പാടി വേദാന്തവാക്യേഷു സദാരമന്ത് അചാര്യസ്വാമികൾക്ക് ഇങ്ങനെയുള്ളവരെ കണ്ട അസൂയ തോന്നണൂ എന്നാണ് ശങ്കരാചാര്യർ പറയാൻ ഞാൻ നാട് മുഴുവൻ നടന്ന ആളുകളെ വാദിക്കലും തോൽപ്പിക്കലും ഖണ്ഡനം മണ്ഡനങ്ങളൊക്കെ ചെയ്യുമ്പോ ഇതാ ഒരു ഭാഗ്യവാൻ നടക്കണു കൗപീനവന്ത ഖലു ഭാഗ്യവന്ത ഒരു കൗബീന മാത്ര ദാരി അതും കൗബീനം എന്തിനാ ഉടുത്തിരിക്കണെന്ന് വെച്ചാൽ രമണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു മഹർഷി ഒരു കൗബീന മാത്രമല്ലേ ഉടുത്തിരിക്കുള്ളൂ അപ്പൊ മഹർഷിയോട് ചോദിച്ചു ഭഗവാനെ അങ്ങെ ഈ ഒരു വെറും ഒരു കൗപീനം മാത്രം ഉടുത്തിരിക്കണല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇങ്ങനെ കൗബീനം മാത്രം ഉടുത്തിരിക്കണമല്ലോ എന്നാണ് മഹർഷി പറഞ്ഞു എന്നെ പണ്ടതു പോയി സമൂഹത്തിക്ക് അത് വേണ്ടിയിരിക്ക സൊസൈറ്റിക്ക് അത് വേണ്ടിയിരിക്കണമെന്നാണ് എന്ന് വെച്ചാൽ എനിക്ക് അതും വേണ്ട സമൂഹത്തിന് വേണ്ടിയിട്ട് അത് കൊടുക്കേണ്ടിയിരിക്കണമെന്നാണ് അതുപോലെയാണ് സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ അദ്ദേഹത്തിന് കൌപിനം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു അവധൂതനായി തഞ്ചാവൂരിൽ ഒരു ഗ്രാമത്തിലെ സഞ്ചരിക്കണം അഗ്രഹാറും എല്ലാം പണ്ഡിതന്മാരുള്ള അഗ്രഹാറും അപ്പൊ ഒരിടത്ത് കുറെ ആളുകൾ ഇരുന്ന് പുരാണം പഠിച്ചു ഏതോ പുരാണം വായിക്കുന്നു ഒരാള് കുറെ ആളുകൾ പുരാണം കേൾക്കുന്നു പുരാണത്തിലെ കഥ ദേവലോകത്തിൽ ദേവേന്ദ്രൻ അപ്സര സ്ത്രീകൾ ഏതോ ശണ്ടകൂടി ദേവാസുരന്മാർ യുദ്ധം ചെയ്തു എന്തൊക്കെയോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സ്വാമികൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ കുറച്ചുനേരം നിന്നു അവരെ നോക്കിക്കൊണ്ട് നിന്നു പിന്നെ അവിടെ പിന്നിൽ നടന്നു അടുത്ത തെരുവിൽ കുറെ ആളുകള് നാട്ടുവർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവരുടെ കുടുംബത്തിൽ അങ്ങനെ സംഭവിച്ചു അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചു കുടുംബകലഹത്തിനെ കുറിച്ചുള്ള വർത്തമാനം സ്വാമികൾ അവിടെയും പോയി കുറച്ചു നേരം നിന്നു എന്നിട്ട് അടുത്തുള്ള ഒരു ഭക്തന്റെ ചെവിയിൽ വീഴുന്ന രീതിയില് സ്വാമികൾ ഇങ്ങനെ തന്നോടായിട്ട് പറഞ്ഞു അത്രേ അന്തത്തെരുവില് ഇന്തോലത്ത് വമ്പ് അന്തോലത്ത് വമ്പ് ഇന്തെരുവില് ഇന്തോലത്ത് വമ്പ് ആ തെരുവില് ആ ലോകത്തിലെ എന്താ പറയാ വർത്തമാനം കാസി ഈ തെരുവിലോ ഈ ലോകത്തിലെ വർത്തമാനം എന്നാണ് രണ്ടിടത്തും ലൗകികം എന്നാണ് എന്നുവെച്ചാൽ അദ്ദേഹത്തിന് ഇനിയൊന്നും അറിയാനുള്ള ആഗ്രഹമില്ല പുറമേക്കുള്ള അറിവുകൾ ഒക്കെ തന്നെ കിം ശ്രോതവ്യം കിം അശ്രോതവ്യം കിം വക്തവ്യം കിംഅ കിംഅക്തൃം കിം ഭോക്തവ്യം കിം അഭോക്തവ്യം ഈ സ്ഥിതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സഞ്ചാരം ഒരിക്കൽ സഞ്ചാരം ചെയ്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വാസ്തവമായി നടന്ന ഒരു സംഭവമാണ് ിൽ നടുവിലൊരു പാറക്കല്ലിൽ ഇരുന്ന് അദ്ദേഹം യോഗസ്ഥിതിയിലിരുന്നു മഹായോഗിയായിരുന്നു വെള്ളം ഫ്ലഡ് വന്നിട്ട് വെള്ളത്തിന്റെ അടിയിൽ അദ്ദേഹം പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം പോവുകയും ചെയ്തു പക്ഷെ അദ്ദേഹത്തിന്റെ മേലെ മണ്ണ് വന്നു നിറഞ്ഞു ഒരു കൂമ്പാരം അദ്ദേഹം അവിടെ ഇരിക്കുന്നത് ആർക്കും അറിഞ്ഞില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആരോ അവിടെ തൂമ്പ കൊണ്ടുവന്ന് കിളച്ചപ്പോ ശരീരത്തിൽ തട്ടിയിട്ട് ചോര വന്നു എന്നാണ് ഇവര് മണ്ണൊക്കെ വാന്തി അദ്ദേഹത്തിനെ പുറത്തേക്ക് കൊണ്ടുവന്നു പുറത്ത് കൊണ്ടുവന്നപ്പോ അദ്ദേഹം നടന്നങ്ങോട്ട് പോവുകയും ചെയ്തു കുറച്ച് ചികിത്സയൊക്കെ ചെയ്തു വിട്ടു നടന്നങ്ങോട്ട് പോവുകയും ചെയ്തു അങ്ങനെ കുറച്ചു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ സമാധിസ്ഥാനം എന്ന് പറയുന്ന സ്ഥലത്ത് ട്രിച്ചിക്ക് അടുത്തോണ്ട് രമണ മഹർഷിയുടെ സമാധി പോലെ തന്നെ വളരെ പ്രബലമായിട്ടുള്ള ഒരു സമാധിസ്ഥാനമാണത് സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികളുടെ സമാധി ക്ഷേത്രം അപ്പൊ എന്തൊരു പറയുന്നു അവർക്ക് ഇനി ഒന്നും അറിയാനുള്ള ആഗ്രഹവുമില്ല അറിഞ്ഞു പഠിച്ചെത്രയോ പഠിച്ചു വെച്ചിരിക്കുന്നു ആ പഠിച്ചു വെച്ചതൊന്നും അവര് പ്രയോജനപ്പെടുത്തൂല അതും ഒരു പ്രയോജനമില്ല എന്നുള്ള സ്ഥിതിയിൽ എന്തിനാന്ന് വെച്ചാൽ അകമയ്ക്ക് ആനന്ദം നിറഞ്ഞു തുളുമ്പോ പുസ്തകത്തിലേക്ക് ആരു പോവും പുറമേക്ക് എന്താ അറിയാനാ ഇനി പറഞ്ഞതൊക്കെ തന്നെ എടുത്ത് പ്രയോഗിച്ചിട്ട് എന്ത് വേണം ആ ആനന്ദസ്ഥിതിയാണ് ആത്മാനുഭവ സ്ഥിതിയാണ് ഭഗവാനും ഇവിടെ പറയണത് തഥാകന്സി നിർവേദം ശ്രോതവ്യസുതവ്യ ശ്രുതസ്യ ഇനി ഒന്നും അറിയാനും തനിക്ക് ഉണ്ടാവില്ല അറിഞ്ഞതിനോടും തനിക്ക് വൈരാഗ്യം വിരക്തി വന്നുപോകും ഒന്നും കാര്യമില്ല ഈ ബുദ്ധിയുടെ ചലനം മനസ്സിന്റെ ചലനം ഒക്കെ ഒടുങ്ങി അടങ്ങി അകമേക്കുള്ള നിശ്ചലമായ സ്വരൂപസ്ഥിതിയിൽ ഇരിക്കാനുള്ള സുഖം വർദ്ധിക്കും ഇത് പറഞ്ഞ് ഭഗവാൻ അപ്പൊ അർജുനൻ ഒരു സംശയം അത്തരത്തിലുള്ള ഒരു അന്തർമുഖ സ്ഥിതി ഇൻട്രോവേർഷൻ അത് എപ്പ വരും അതിനുള്ള ഉത്തരം ഭഗവാൻ പറഞ്ഞു ശ്രുതി വിപ്രതിപന്നാതെ നിശ്ചല സമാധോ അചലാ ബുദ്ധി തഥാ യോഗം അവാപ്സി എപ്പോഴാണോ തന്റെ ബുദ്ധി പുറമേ നിന്ന് പലതും കേട്ടിട്ട് വേദത്തിലെ കർമ്മകാണ്ട ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കേട്ട് മടുത്തിട്ട് അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ അതുപോലെ ചെയ്യണോ ഇതുപോലെ ചെയ്യണോ ഇതൊക്കെ കേട്ട് മടുത്തിട്ട് ചലിക്കാതെ നിൽക്കണ ഒരു സ്ഥിതി വരുമോ അത്രയും സമാധ അചലാബുദ്ധിഹി എന്താ ഈ വേദ കർമ്മകാണ്ഡത്തിനെടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ കർമ്മകാണ്ഡത്തിന്റെ ഉദ്ദേശമേ പുറമേക്ക് ഒരു ലൈസൻസും ഇല്ലാതെ ചലിക്കുന്ന മനസ്സിനെ ഒരു ചിട്ടയ്ക്ക് കൊണ്ടുവരാനാണ് അതിനാണ് കർമ്മകാണ്ഡ വേദഭാഗം അല്ലാതെ കർമ്മകാന്ഡം ആത്യന്തികമായല്ല പക്ഷെ പുറമേക്കുള്ള ലൗകിക കർമ്മത്തിന് പെട്ടുപോയിരിക്കുന്ന ജീവനെ രക്ഷിക്കാനായിട്ട് വൈദിക കർമ്മങ്ങളെ കൊണ്ടുവരികയാണ് പക്ഷെ വൈദിക കർമ്മങ്ങളും ബന്ധിക്കും എപ്പോ അതിൽ ആസക്തിയോടുകൂടി അറ്റാച്ച്മെന്റോടുകൂടെ ഇവൻ പ്രവർത്തിക്കുകയാണെങ്കിൽ വൈദിക കർമ്മങ്ങളും ബന്ധിക്കും അതിലും അങ്ങനെ യാഗം ചെയ്യണോ ഇങ്ങനെ യജ്ഞം ചെയ്യണോ ഭാഗവതത്തിൽ പുരഞ്ജനോ വ്യാഖ്യാനം തന്നെ അതിന് തെളിവ് പ്രാചീന പരിഹിസം അതുപോലെ അതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ മനസ്സിന് സമാധാനമേ നഷ്ടപ്പെട്ടു അപ്പോ ആ സ്ഥിതിയിൽ ലൌകികത്തിനോടും വിരക്തി കർമ്മകാണ്ഡത്തിനോടും വിരക്തി വന്നു കഴിയുമ്പോൾ ബുദ്ധി ചലിക്കാതെ അന്തർമുഖമായി സ്വരൂപത്തിലേക്ക് ചലിക്കുമ്പോൾ ശ്രുതി വിപ്രതി പണ്ണാതെ നിശ്ചല അകമേക്ക് നിശ്ചലമായി നിൽക്കുന്നു ആ നിശ്ചലസ്ഥിതിയിൽ യോഗം അവാപ്സി യോഗസ്ഥിതിയെ പ്രാപിക്കുന്നു അപ്പോ അർജുനന് ഒരു സംശയം ഭഗവാനെ യോഗസ്ഥിതിയെ പ്രാപിച്ച ആളെങ്ങനെ ഉണ്ടാവും എല്ലാവർക്കും ഉള്ള സംശയമാണ് യോഗസ്ഥിതിയെ പ്രാപിക്കുക എന്ന് വെച്ചാൽ ഉടനെ നമുക്ക് സംശയം അങ്ങനെയുള്ള ആളുകളൊക്കെ ഇന്നുണ്ടാവുമോ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണാൻ പറ്റുമോ ഉം രമണ മഹർഷിയോടെ പോയിട്ട് പലരും ചോദിച്ചിട്ടുണ്ട് തിരുവണ്ണാമലയിൽ ജ്ഞാനികളൊക്കെ ഉണ്ടോ എന്ന് പറയണു ആരെങ്കിലും കാണാൻ പറ്റുമോ അതുപോലെയാണ് അർജുനൻ കൃഷ്ണനോട് ചോദിക്കണതേ നേരിട്ട് കണ്ടാലും കൃഷ്ണനെ കണ്ടിട്ടും കണ്ടിട്ടും മനസ്സിലായില്ല നാരായണ ഒരിക്കൽ ട്രെയിനിൽ രാമേശ്വര ശ്രീലങ്കയിലേക്ക് പോകുമ്പോൾ അടുത്തൊരു നമ്പൂരി ഇരിക്കുണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ നോക്കി നമ്പൂരിക്ക് വലിയ ഇഷ്ടായി പക്ഷെ ഒരു സംശയം ഏതാ ജാതി എന്നൊരു സംശയം അപ്പൊ നാരായണഗുരു സ്വാമിയോട് ചോദിച്ചു എന്താ ജാതി ആ കാലത്ത് ചോദിക്കണമെന്നു തെറ്റല്ലേ എന്താ ജാതി ഇപ്പൊ നാരായണ തിരിച്ചു ചോദിച്ചു കണ്ടിട്ട് എന്തു തോന്നണെന്ന് ചോദിച്ചു അല്ല കണ്ടിട്ട് മനസ്സിലായില്ലേ അതുകൊണ്ടാ ചോദിച്ചു അല്ല കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കി പറഞ്ഞാ എങ്ങനെ മനസ്സിലാവും ചോദിച്ചത്രേ അതുപോലെ കൃഷ്ണനെ മുമ്പിൽ കാണുന്നു അർജുനൻ എന്നിട്ടും അർജുനന് സംശയമാണ് സ്ഥിതപ്രജ്ഞൻ എങ്ങനെ ഉണ്ടാവുന്നു രമണ മഹർഷിയോട് എത്ര പേര് ചോദിക്കുക എത്രയോ ആളുകൾ മഹർഷിയോട് തന്നെ ചോദിക്കും യോഗികൾ എങ്ങനെയുണ്ടാവും ഞാനികളെ എവിടെ കാണാൻ പറ്റും ഒരിക്കൽ രമണ മഹർഷി സ്കന്ധാശ്രമം മലയുടെ മേലെയുള്ള ആശ്രമത്തിൽ ഇരിക്കുമ്പോ ഒരു ഭക്തൻ വന്നു വന്നിട്ട് മഹർഷിയെ കാണാനായിട്ട് വന്നതാണ് അദ്ദേഹം വരുമ്പോ നമ്മുടെ മഹർഷി ചാണകം വരട്ടി തട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മഹർഷിയോട് ചോദിച്ചു രാമ മഹർഷി എവിടെ ഉണ്ട് എന്ന് ചോദിച്ചു രമണ മഹർഷി മഹർഷി എവിടെ ഉണ്ട് മഹർഷി കുളിക്കാൻ പോയിരിക്കണോ ഇപ്പൊ വരുന്നോ അപ്പൊ ഒരു സേവകൻ പെരുമാൾ സ്വാമിന്ന് പേര് മഹാ എന്താ കുഴപ്പക്കാരനാണ് അദ്ദേഹം ആ പെരുമാൾ സ്വാമി കുളിച്ചിട്ട് വരികയാണ് നല്ലവണ്ണം ഭസ്മക്കുറിയൊക്കെ ഇട്ട് ഒരു കഴുത്തിലൊരു മാലയൊക്കെ ഇട്ട് അദ്ദേഹം വരുന്നുണ്ട് ഇദ്ദേഹം അദ്ദേഹം തന്നെ മഹർഷി എന്ന് ചെന്ന് നമസ്കരിച്ചു ഈ ചോദ്യം ചോദിച്ചു എന്നാണ് പെരുമാൾ സ്വാമി അദ്ദേഹത്തിന്റെ ഭാവം ഇത്രകാലം ആരും നമസ്കരിച്ചിട്ടില്ല അദ്ദേഹം ചോദിച്ചു എന്താ എനിക്ക് നമസ്കരിക്കണം അല്ല അങ്ങല്ലേ രമണ മഹർഷി മഹർഷി അവിടെ ഇരിക്കണു ഇദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്ന് കാണിച്ചു അപ്പൊ അദ്ദേഹം ചോദിച്ചു സ്വാമി എന്തുകൊണ്ട് എന്നെ വഴിതെറ്റിച്ചു ഞാൻ മഹർഷി ആരാണെന്ന് ചോദിച്ചാ പറഞ്ഞൂടെ അപ്പൊ രമണ ഭഗവാൻ പറഞ്ഞു അത്ര അതെ ഞാൻ ഇപ്പൊ രമണ മഹർഷിന്ന് ഇവിടെ ഒരു ബോർഡ് എഴുതി വെക്കണോ ഇവിടെയുള്ള പാത്രത്തിലൊക്കെ രമണ മഹർഷി എന്ന് എഴുതിയിട്ടുണ്ട് അത് ഒക്കെ രമണ മഹർഷി തന്നെ എനിക്ക് ലോകം മുഴുവൻ മഹർഷിയാണ് എനിക്കങ്ങനെ രമണ മഹർഷിന്ന് പേരൊന്നും ഇല്ല ഓരോരുത്തർ എനിക്ക് ഓരോ ഓരോ പേര് തന്നിരിക്കണം അപ്പോ അവർക്ക് അവരൊരിക്കലും ഞങ്ങൾ ജ്ഞാനികളാണെന്നോ ഞങ്ങൾ സാക്ഷാത്കാരം നേടിയവരാണെന്നോ ജീവൻമുക്തരാണെന്നോ സ്ഥിതപ്രജ്ഞനാണെന്നോ സ്വയം അവർ പറയോ അതുപോലെ ഇവിടെ കൃഷ്ണ ഭഗവാൻ നോക്കിക്കോളൂ എന്ന് പറയുമോ അർജുനനോട് സ്ഥിതപ്രജ്ഞൻ ചോദിച്ചാൽ പക്ഷേ അർജുനന്റെ അല്പത്തരം ഇപ്പൊ തൽക്കാലത്തേക്ക് ചോദിക്കുകയാണ് അർജുനൻ സ്ഥിതപ്രജ്ഞൻ എങ്ങനെയുണ്ടാവും ഭഗവാന് അയാളുടെ രീതി സമ്പ്രദായങ്ങളൊക്കെ എങ്ങനെയാണ് ശ്ലോകം ഞാൻ വായിക്കാം നിങ്ങള് അർജുനോ വാചാം സ്ഥിതപ്രജ്ഞാഷാം സമാധിസ്ഥ कि प्रभाषेत किसी व्रजेत कि स्थित प्रज्ञा होज्ञा भाषा സമാധിസ്ഥാ സ്ഥിതപ്രജ്ഞസ് കാ ഭാഷ സ്ഥിതപ്രജ്ഞന്റെ ഭാഷ എന്താ ഭാഷ എന്ന് വെച്ചാൽ ഇവിടെ വർത്തമാനം പറയൽ എന്നുള്ള അർത്ഥം മാത്രമല്ല അയാളുടെ സമ്പ്രദായം എന്താണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്ഥിതപ്രജ്ഞന്മാർ ജ്ഞാനികളെ കണ്ടുപിടിക്കണത് എളുപ്പമല്ല അവര് പല വിധത്തിലുണ്ടാവുന്നതാണ് ബാല ഉന്മത്ത പിശാചപത്തിൽ ഇപ്പൊ ഈ സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ തന്നെ ഉന്മത്ത സ്ഥിതിയിലായിരുന്നു ഉന്മാദം എന്ന് വെച്ചാൽ ലഹരി പിടിച്ച പോലെ ഉള്ള നടത്തം അവർക്ക് ചിലപ്പോ ഈ മദ്യവന്മാരെ പോലെ തോന്നുന്നതാണ് കുടിച്ചിട്ട് ചിലർക്ക് ഉടുത്ത വസ്ത്രം വഴിയിൽ അഴിഞ്ഞു വീണ അറിയില്ലല്ലോ അങ്ങനെ നടക്കുന്ന ആളുകളുണ്ടാവും അതേപോലെ ഇവർക്ക് ശരീരം ഉണ്ടോ വീണുവോന്നറിയില്ല എന്നാണ് അത് ഭാഗവതത്തിൽ ഒരു ലക്ഷണമാണ് േഹംച്ച നശ്വരമവസ്ഥിതമുത്തിന പശ്യതിയത അധ്യഗമത് സ്വരൂപം ദൈവാദേതമു ദൈവവശാദുപേതം വാസോ യഥാ പരികൃതം മതിരാമദ്യം ലഹരി പദാർത്ഥം കഴിച്ചിട്ട് വസ്ത്രമഴിഞ്ഞു വീണാ അറിയാത്തതുപോലെ ശരീരമുണ്ടോ ഇല്ലയോ എന്നറിയാതെ സഞ്ചരിക്കുന്ന യോഗികൾ അതിന് ഈ സദാശിവബ്രഹ്മേന്ദ്രസ്വാമികൾ തന്നെ ഉദാഹരണം അദ്ദേഹം ആന്ധ്രപ്രദേശില് ഒരിടത്ത് സഞ്ചരിക്കുമ്പോൾ ഒരു നവാബ് ഒരു മുസ്ലിം രാജാവ് ആ രാജാവിന്റെ അന്തപ്പുരത്തിലൂടെ അറിയാതെ അദ്ദേഹം നടന്നുപോയി അദ്ദേഹത്തിന് വസ്ത്രമൊന്നുമില്ല ശരീരപ്രജ്ഞ തന്നെ ഇല്ല അദ്ദേഹം ഇങ്ങനെ നടന്നുപോകും അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കീർത്തനമാണ് ബ്രഹ്മണി മാനസ സഞ്ചരയെ ബ്രഹ്മത്തിൽ മനസ്സ് സഞ്ചരിക്കട്ടെ എന്നാണ് ബ്രഹ്മത്തിൽ മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് എങ്ങനെ ഉണ്ടാവും ലോകബുദ്ധി വലുതോ ഉണ്ടാവോ പുറത്തു അറിയോ അദ്ദേഹത്തിന്റെ ആത്മവിദ്യാ വിലാസം എന്നൊരു കൃതിയുണ്ട് ആ കൃതി വായിച്ചാൽ തന്നെ അവതൂത് വൃത്തി വന്നു പോകുന്നതാണ് അത്തരത്തിലുള്ള കൃതിയാണ് ചന്ദ്രശേഖരഭാരതി സ്വാമികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൃതിയായിരുന്നു അത് അദ്ദേഹവും അതേ സ്ഥിതിയിലേക്ക് പോയർന്നു ഈ ആത്മവിദ്യാ സ്വയം സ്വാമികൾ പറയണു യോഗി എങ്ങനെ ലോകത്തിൽ സഞ്ചരിക്കണമെന്ന് വെച്ചാൽ ചത്തുപോയ ഒരു ശവം എഴുന്നേറ്റ് വന്ന് നർത്തനം ചെയ്യുകയോ പാട്ടുപാടുകയോ ചെയ്താൽ പോലും പുറമേക്ക് നോക്കാതെ നടക്കണോന്നാണ് ദൃഷ്ടി അകമേക്ക് എന്നാണ് മരിച്ചുപോയ ഒരാള് എഴുന്നേറ്റ് വന്ന് നർത്തനം ചെയ്യുകയോ പാട്ടുപാടുകയോ ചെയ്താൽ പോലും ആശ്ചര്യം കൊണ്ട് ഔത്സുഖ്യം കൊണ്ട് അങ്ങോട്ടേക്ക് നോക്കാതെ അകമേക്ക് രമിച്ചു കൊണ്ട് നടക്കണമെന്നാണ് അത്തരത്തിലുള്ള സ്ഥിതിയിൽ ഇദ്ദേഹം ഈ നവാബിന്റെ അന്തപുരത്തിലൂടെ നടന്നപ്പോ ആ മുസ്ലിം രാജാവ് അയാള് കുളിക്കുകയാണ് സ്ത്രീകൾ ഒക്കെ ഈ യോഗിയെ കണ്ടപ്പോ അദ്ദേഹത്തിന് ദേഷ്യം വന്നു കാവൽക്കാരെ വിളിച്ചു പറഞ്ഞു അയാളെ വെട്ടാനായിട്ടും കാവൽക്കാര് പുറകെ പോയി അപ്പോഴും സ്വാമികൾ തിരിഞ്ഞില്ല ഇവര് വെട്ടിയപ്പോ വെട്ടിയ വെട്ടല് കൈ മുറിഞ്ഞു ചോട്ടല് വീണു അത്രയും കൈ സ്വാമികൾ തിരിഞ്ഞു നോക്കാതെ നടന്നു അല്പം പോലും തിരിഞ്ഞു നോക്കാതെ നടന്നു അപ്പോഴാണ് ഈ നവാബിന് ഇത് വലിയ അവധൂതനാണ് ഏതോ ഫക്കീറാണ് എന്ന് തോന്നിയിട്ട് ആ കയ്യും എടുത്തുകൊണ്ട് സ്വാമികളുടെ പുറകെ ചെന്നു വീണ് കാലില് വീണ് നമസ്കരിച്ച് ക്ഷമായാചനം ചെയ്തു സ്വാമികൾ പറഞ്ഞു അതൊന്നും സാരൂല്ല തരൂന്ന് പറഞ്ഞു വാങ്ങി അവിടെ വെച്ചു എന്നാണ് കഥ ആ ഈ ഇൻസിഡന്റ് നടന്ന ശേഷമാണ് ഈ നവാബും വലിയ ഭക്തനായിട്ട് മാറി സ്വാമികൾ അതോടുകൂടെ യാത്ര ചെയ്യൽ നിർത്തി യാത്ര ചെയ്യണത് കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുണ്ട് എന്നുള്ളത് യാത്ര ചെയ്യൽ നിർത്തി അദ്ദേഹം ശ്രീധര അയ്യാവാൾ എന്ന് പറയുന്ന ഒരു മഹാത്മാവിന്റെ ശിഷ്യനായിരുന്നു സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ പാഠം പഠിക്കുന്നതിൽ ശാസ്ത്രം പഠിക്കുന്നത് ആ സമയത്ത് തന്നെ നാമബോധേന്ദ്ര സരസ്വതി എന്ന് പറയുന്ന ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു ഇവര് രണ്ടുപേരും സ്വാമികൾ ഒരിടത്ത് ബോധമൊറ്റു കടക്കുമ്പോൾ അവിടെ വന്ന് അവർ കീർത്തനം ചെയ്തു സ്വന്തം ഗുരു അദ്ദേഹത്തിനെ പഠിപ്പിച്ച ഗുരു തന്നെ അദ്ദേഹത്തിനെ വന്ന് നമസ്കരിച്ച് പാട്ടുപാടി എഴുന്നേപ്പിച്ച പോലും ശ്രദ്ധിച്ചില്ലേ അതുപോലും അദ്ദേഹത്തിന് ഭേദമില്ല സകലതും ബ്രഹ്മമയമായി കാണുന്ന മഹാത്മാ നെരു സ്വയം ജീവസമാധിയായിത്തരുന്നു എന്നുവച്ചാൽ താൻ ഇരുന്നു കൊണ്ട് സ്വയം സമാധി ജ്ഞാനേശ്വരന്റെ പോലെ തന്നെ അപ്പോ ഇങ്ങനെ ഒരാളെ സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സ്ഥിതപ്രജ്ഞൻ എങ്ങനെയുണ്ടാവും എന്നൊരു ചോദ്യം സ്ഥിതപ്രജ്ഞസാ ഭാഷ അദ്ദേഹം ഇതുപോലെ ഉണ്ടാവുവോ എന്നാൽ അങ്ങനെയല്ല ജനകനെ പോലെ ചിലപ്പോൾ രാജ്യകാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് എന്നിട്ടും ആ സ്ഥിതിയിൽ ഇരുന്നുകൊണ്ടും ഇരിക്കും അതാണ് ഒരു യൂണിഫോമിറ്റി ഇല്ല കൃഷ്ണനെ പോലെ കളിച്ചും കൊണ്ട് രസിച്ചും കൊണ്ട് നടക്കുകയും ചെയ്യും വസിഷ്ഠനെ പോലെ കർമാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്ന് വരാം ശുഭബ്രഹ്മ മഹർഷിയെ പോലെ ഇരുന്നു എന്ന് വരാം ബാല ഉന്മത്തപിശാച യോഗികൾ ചെറിയ കുട്ടികളെ പോലെ കളിച്ചു നടക്കും പട്ടണത്താർ എന്ന് പറയുന്ന ഒരു സിദ്ധന ഉണ്ടായിരുന്നു അദ്ദേഹം കുട്ടികളുടെ കൂടെ കളിച്ചു നടക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദമായിരുന്നു പട്ടണത്താർ തിരുവങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് തിരുവങ്ങാട് ചെട്ടിയാർ എന്നാണോ പേര് കാവേരിപ്പൂം പട്ടണത്തിൽ വസിച്ചതുകൊണ്ട് പട്ടണത്താർ എന്ന് പേര് വന്നു ഒരു പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിന് പരമവിരക്തി വന്നു ഈ കഥ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണിവിടെ ഒരു മകൻ ഉണ്ടായിരുന്നു ആ മകൻ ഒരു ദിവസം വീട് വിട്ട് ഇറങ്ങിപ്പോയി അച്ഛൻ വലിയ പണക്കാരൻ മുത്തുവ്യാപാരി അച്ഛനൊരു പെട്ടി കൈയില് കൊടുത്തിട്ടു പോയി അമ്മയുടെ കയ്യിൽ ആ പെട്ടിയില് ഒരു ഓല ആ ഓലയോടൊപ്പം ഒരു പൊട്ടിയ ഒരു സൂചി ആ സൂചിയോടൊപ്പം ഓലയിൽ എഴുതിയിരുന്നു കാതത്ര ഊശിയും വാരാതെ കാൺ നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയ പണമൊന്നും നിങ്ങളുടെ കൂടെ വരില്ല ഈ പൊട്ടിയ സൂചി പോലും കൊണ്ടുപോവാൻ അങ്ങേക്ക് സാധ്യമല്ല അത് കേട്ടതോടുകൂടെ വിരക്തനായി അവധൂതനായി ഇറങ്ങിയ ആളാണ് ഈ പട്ടണത്ത് സ്വാമികൾ അദ്ദേഹം മഹാസിദ്ധനായിത്തേർന്ന് അവിടെ തന്നെ കൊച്ചു കുട്ടികളുടെ കൂടെ കാവേരി നദീതീരത്തിൽ കളിച്ചുകൊണ്ട് നടക്കും കുട്ടികൾക്ക് എന്ത് ചെയ്യും ചെറിയ ചെറിയ മാജിക്കൊക്കെ കാണിക്കും കല്ലുകൊണ്ടുവന്ന ചോക്ലേറ്റ് ഉണ്ടാക്കുക മണ്ണെടുത്ത് പഞ്ചസാരയാക്കുക ഇങ്ങനെ കുട്ടികളുടെ കൂടെ കളിക്കും അവസാനം കളിച്ച് കളിച്ച് ഒരിക്കൽ കുട്ടികള് അദ്ദേഹത്തിന്റെ കൂടെ കളിക്കാൻ വരും ഒരു ദിവസം കണ്ണ് പൊത്തി കളിക്കാം ഇപ്പൊ സ്വാമികളാണ് എല്ലാ പ്രാവശ്യവും എണ്ണി നോക്കിയാൽ സ്വാമികൾ പെടും വെട്ട് കഴിഞ്ഞപ്പോൾ സ്വാമികൾ കണ്ണ് പൊത്തണം ബാക്കിയുള്ള കുട്ടികളൊക്കെ ചെന്ന് ഒളിക്കും അനേക വട്ടം സ്വാമികളെന്ത് ചെയ്തു വെച്ചാൽ ഒരു ഒരു വട്ടി ആ വട്ടി കൊണ്ട് അടച്ചു വെക്കാം സ്വാമികൾ അതിനകത്ത് ഇരിക്കും എന്നിട്ട് കുട്ടികൾ പോയി ഒളി ഒളിഞ്ഞിട്ട് ഓരോ പ്രാവശ്യവും സ്വാമി തോൽക്കും ഇങ്ങനെ വൈകുന്നേരം വരെ കളിച്ചു വൈകുന്നേരം ആയപ്പോ കുട്ടികൾക്കും അടുത്തു വീട്ടിലേക്ക് പോവാന്നായപ്പോൾ സ്വാമികൾ പറഞ്ഞു ഒരിക്കൽ കൂടെ കളിക്കാം ഒരിക്കൽ കൂടെ സ്വാമികൾ തന്നെ പെട്ടു സ്വാമികളെ വട്ടിയിട്ട് അടച്ചു വെച്ചു എന്നാണ് അടച്ചു വെച്ച് കുട്ടികളൊക്കെ കൂടെ പോയി ഒളിഞ്ഞു കുറെ നേരമായി സ്വാമി വട്ടി തുറക്കണില്ല പുറത്തു വരണമില്ല കുട്ടികൾ അവസാനം വന്ന് വട്ടി പൊന്തിച്ചു നോക്കിയപ്പോൾ വട്ടിയുടെ അകത്ത് തേജോമയമായ ഒരു ലിംഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ലിംഗം ഇപ്പോഴും മദ്രാസിന്റെ അടുത്ത് എവിടെ എവിടെയോ പട്ടണത്താറിന്റെ സമാധിയുണ്ട് സമാധി ക്ഷേത്രം അങ്ങനെ കുട്ടികളുടെ കൂടെ കളിച്ച് കളിച്ച് സമാധിസ്ഥനായ ആളാണ് അദ്ദേഹം അത് ബാലസ്ഥിതി ചില യോഗികൾ ബാലന്മാരെ പോലെ ഉണ്ടാകും ചിലർ ഉന്മവാദം പിടിച്ചവരെ പോലെ ഭ്രാന്തന്മാരെ പോലെ ഉണ്ടാവും ചിലർ പിശാചവത് ചിലപ്പോ അടുത്ത് അടിക്കും ഇപ്പോഴും തിരുവണ്ണാമലയിൽ മലയുടെ മേലെ ഒരു ഒരു യോഗി ഇരിക്കുന്നുണ്ട് ഒക്കെ പോയാൽ അടി വാങ്ങിച്ചോണ്ട് വരും ധാരാളം ആളുകൾ പോയി അടി വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് അടി കൊടുക്കും ചിലപ്പോ കല്ലെടുത്ത് എറിയും അടുത്ത് ചിലപ്പോ പിശാചവത്ത് ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അർജുനൻ ചോദിക്കണത് സ്ഥിരപ്രജ്ഞാഷ സമാധിസ്ഥ അകമയ്ക്ക് നിർവികൽപമായ സമാധിസ്ഥിതിയിൽ ഇരിക്കുന്ന സ്ഥിതപ്രജ്ഞൻ ആ സ്ഥിതപ്രജ്ഞന്റെ രീതികൾ എന്താണ് സമ്പ്രദായം എന്താണ് കാഭാഷ അയാള് വർത്തമാനം പറയോ സ്ഥിതധീഹി കിം പ്രഭാഷേതം വ്യവഹാരമണ്ഡലത്തിൽ എല്ലാരെയും പോലെ തന്നെ ഗൃഹസ്ഥനായിട്ടോ അവരവരുടെ ധർമ്മത്തിനനുസരിച്ച് അയാൾക്ക് ഇരിക്കാൻ നോക്കുവോ അല്ലെങ്കിൽ എല്ലാവർക്കും അധ്യാത്മികം ഉപദേശിക്കാൻ പറ്റില്ല എല്ലാ വ്യവഹാര കർമ്മങ്ങളും ചെയ്തുകൊണ്ട് യാതൊന്നുകൊണ്ടും ബാധിക്കപ്പെടാതെ കിം ആസീത്ത് അഥവാ സർവസംഗപരിധിയാകിയാൽ എല്ലാം ഉപേക്ഷിച്ചു പോകുവോ കിം വ്രചയതക്കും ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഭഗവാൻ കൊടുക്കണത് ഭഗവാൻ ഡയറക്ട് ആൻസർ കൊടുക്കണില്ല എന്താന്ന് വെച്ചാൽ പുറമേക്കുള്ള ലക്ഷണം ഒന്നും പറയണില്ല അത് അൺകണ്ടീഷണൽ ആണ് ജ്ഞാനം പ്രകാശിച്ച ആള് എങ്ങനെ ഉണ്ടാവെന്ന് പറയാനേ പറ്റില്ല അയാളുടെ പുറമേക്കുള്ള ലക്ഷണങ്ങൾ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല പുറമേക്കുള്ള ലക്ഷണങ്ങൾ ആർക്ക് വേണമെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാം അല്ലേ രുദ്രാക്ഷമാലയിടുന്നതാണ് ലക്ഷണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇടാം തുളസിമാലയിടുന്നതാണ് ലക്ഷണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇടാം കാഷായം ഉടുക്കുന്നതാണ് ലക്ഷണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉടുക്കാം തല മുട്ടയടിക്കുന്നതോ താടി വളർത്തുന്നതോ വേണമെങ്കിൽ അത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം ഇതൊക്കെ ബാഹ്യ ലക്ഷണങ്ങൾ ആന്തരിക ലക്ഷണങ്ങൾ കൊണ്ടേ അറിയാൻ ഒക്കുകയുള്ളൂ ബാഹ്യമായിട്ട് ഏകദേശം നമുക്ക് ഊഹിക്കാവുന്ന ഒരു ലക്ഷണമുണ്ട് അവരുടെ സന്നിധിയിൽ ഏർപ്പെടുന്ന ഒരു ശാന്തി ഒരു നിശ്ചലത ഇത് രമണ മഹർഷി രമണഗീതയിൽ പറയുന്ന ഒരു ലക്ഷണമാണ് ഞാനീ എങ്ങനെ ഊഹിക്കും എന്ന് വെച്ചാൽ അവരുടെ സാന്നിധ്യത്തിൽ നമ്മളറിയാതെ ഒരു സുഖം ഏർപ്പെടുന്നുണ്ടോ ഒരു ശാന്തി ഏർപ്പെടുന്നുണ്ടോ വികാരത്തിന്റെ അല്ലാത്ത ഒരു സുഖം മനസ്സിന്റേതല്ലാത്തതായ ഒരു ശാന്തി ഏർപ്പെടുന്നുണ്ടെങ്കിൽ ഒരു നിർവൃത്തി ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അവരെ അവരുടെ ആന്തരികമായ അധ്യാത്മിക ഉയർച്ച ഊഹിക്കാം രാമായണത്തിൽ ആഞ്ജനേയസ്വാമി സീതയുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നു ഹനുമാനെ കണ്ടപ്പോ തന്നെ സീത സംശയിച്ചു ഏതോ രാക്ഷസൻ വേഷം കെട്ടി വന്നതാണ് പിന്നീട് ഹനുമാൻ അടുത്തു വരുമ്പോഴൊക്കെ സീതയ്ക്ക് സംശയം തോന്നും അവസാനം സീത തീരുമാനിക്കുകയാണ് ഇത് രാക്ഷസനല്ല മഹാത്മാവാണ് എങ്ങനെ തീരുമാനിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹം അടുത്തു വരും തോറും കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന സീതയുടെ മനസ്സിന്ന് ദുഃഖം പോയി ഉള്ളിൽ ശാന്തി ഉണ്ടായി ഒരു പ്രീതി ഉണ്ടായി സീത തന്നെ പറയുന്നു മനസോഹി മമ പ്രീതി ഹി ഉത്പന്നാതപദർശന തന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് അകമയ്ക്ക് ഒരു പ്രീതി ഉണ്ടായി ശാന്തി ഉണ്ടായി അതുകൊണ്ട് നീ സാധാരണപ്പെട്ട ആളല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാനികളെ അറിയാനും ഇതൊന്ന് ഏകദേശമുള്ള ഒരു ഉപായമാണ് ഒരു നല്ല സത്സംഗം മഹത്സംഗം എന്ന് പറയുന്നത് അതാണ് ഒരു മഹാത്മാതിന് ഒരു ഉദാഹരണം പറഞ്ഞു നല്ല കൊടും വേനൽക്കാലത്ത് നമ്മൾ ഒരു എ സി റൂമിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോ എങ്ങനെ ഉണ്ടാവും ആ വ്യത്യാസം അല്ലേ ആ വ്യത്യാസം നമുക്ക് തൊട്ട് കാണിക്കാനൊന്നും പറ്റില്ല പക്ഷെ പോകുമ്പോൾ ഉടനെ സെൻസേഷൻ നമുക്കത് അറിയുന്നു പുറമേക്ക് ഭയങ്കര ചൂടും അകമേക്ക് ചെന്ന അങ്ങനെ ഒരു കുളിർമ അതുപോലെ ഒരു മഹാത്മാവിന്റെ സന്നിധിയിലേക്ക് ലൌകികമായ അന്തരീക്ഷത്തിൽ നിന്നും ജ്ഞാനികളുടെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മളുടെ അകമെ ഒരു അടക്കം ഒരു നിശ്ചലത ഒരു ശാന്തി ഒരു നിർവൃത്തി ഉണ്ടാവുന്നത് ഊഹിക്കാം അതുപോലും ചിലപ്പോ ഉറപ്പ് പറയാൻ വയ്യ എന്നാലും ഇപ്പൊ നമുക്ക് മറ്റുള്ളവരെ പരീക്ഷിക്കലല്ലോ നമ്മളുടെ ലക്ഷ്യം നമുക്ക് നമ്മളുടെ അകമേ എത്ര കണ്ട് നമ്മൾ ഉയർന്നിട്ടുണ്ടെന്നാണല്ലോ നോക്കേണ്ടത് അതിനുവേണ്ടി ഭഗവാൻ ഇവിടെ ആന്തരിക ലക്ഷണങ്ങളെ പറയാണ് സ്ഥിതപ്രജ്ഞന്റെ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ തന്നെ നമുക്ക് നമ്മളെ പരീക്ഷിക്കാനാണ് പറ്റുള്ളവരെ പരീക്ഷിക്കാനല്ല പറ്റൂല മറ്റുവരുടെ മറ്റുള്ളവരുടെ ആന്തരികൊന്നും നമുക്ക് ഒരിക്കലും പരീക്ഷിക്കാൻ പറ്റില്ല നോക്കാനേ പറ്റില്ല നമ്മള് നമ്മളെ കണ്ണാടി പോലെ വെച്ചുകൊണ്ട് നോക്കിക്കൊള്ളുക ഇതൊക്കെ അതിനാണ് ഈ ലക്ഷണങ്ങളൊക്കെ പറയണത് ആ ശ്ലോകം നോക്കാം श्री भगवान वाचा, ീഭവാൻ ഉചഹതിയ സർവാൻ പനോതാൻ ആത്മന്േവാത്മനുഷ്രോച്യത്തെ പ്രജ്ഞ എന്നുള്ള വാക്ക് എന്താണ് പ്രജ്ഞം പ്രജ്ഞ എന്ന് വെച്ചാൽ ബോധം എന്നർത്ഥം ആചാര്യസ്വാമികൾ വിവേക ചൂടാവണിയിൽ ഇതിനെ അർത്ഥം പറയുന്നു ഭാഷ്യത്തിനേക്കാളും വ്യക്തമായി അവിടെ പറയുന്നു തത്വം പദാഭ്യാം അഭിധീയമാനയോഹോ ബ്രഹ്മാത്മനോഹോ एक भाव अवगा निर्विकल चिन्मा वृत्ति प्रज्ञेति कथ्यते सुस्थिरा साच्य आरान स्थित प्रज्ञ ब्रह्म आत्मो इन को जीवनानुष्यनान अल स्त्री ब्राह्मणन शूद्रन ക്ഷത്രിയനാണ് എന്ന് പല ഭാവങ്ങൾ തോന്നുന്നു ഈ കൊച്ചു ജീവാഹന്ത അതേസമയം പ്രപഞ്ചത്തിന്റെ അധിഷ്ഠാനമായ സത്ത നിത്യ ശുദ്ധ ബുദ്ധ മുക്തസ്വഭാവമായി സത്യസ്വരൂപമായി ജ്ഞാനസ്വരൂപമായി അനന്തസ്വരൂപമായിട്ടുള്ള അഖണ്ഡബോധം ഇത് രണ്ടും ഒരു മിനാമിനുങ്ങും സൂര്യനും പോലെ ഭേദമുള്ളതായിട്ട് തോന്നുന്നു ഖദ്യോദാന്വ രാജഭൃത്യോഹോ എന്നാണ് പുറമേക്ക് കാണുമ്പോ എന്ത് വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു ഖദ്യോദം മിന്നാമിനുങ്ങും ഭാനു സൂര്യനെയും പോലെ ഭേദം തോന്നും ഒരു ചക്രവർത്തിയും ഒരു കൂലിപ്പടയാളിയും പോലെ ഭേദം തോന്നുന്നു ഈ ജീവനും ബ്രഹ്മത്തിനും പക്ഷെ ഏതോ ഒരു അനുഭവത്തിൽ ഒരു അനുഭൂതി കൊണ്ട് ഇത് രണ്ടു ഒന്നാണ് എന്ന് അകമയ്ക്ക് ഏർപ്പെടുന്ന ഒരു കൺവിക്ഷൻ ഒരു എക്സ്പീരിയൻസ് അതിന് പ്രജ്ഞ എന്നു പേര് ആ പ്രജ്ഞ ആർക്ക് ദൃഢമാവുന്നു ഒരു ക്ഷണനേരത്തേക്ക് സ്പാസ്മോഡിക് ആയിട്ട് വന്നിട്ട് പോവലല്ല അത് നിത്യനിരന്തരാനുഭവമായിട്ട് തീരുന്നുവോ അങ്ങനെയുള്ളവനെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു സുസ്ഥിരാദ്യസ് സ്ഥിതപ്രജ്ഞ ആർക്കത് ദൃഢമായി സ്ഥിരമായിട്ട് തീരുന്നു സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു ഇനി അല്പം കൂടെ വ്യക്തമായിട്ട് പറയാം പ്രജ്ഞ എന്ന് വെച്ചാൽ ഞാ എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം അറിയുക എന്നാണ് പ്രകർഷേണ ഉള്ള അറിവ് അതായത് മനസ്സിന്റെയോ ഇന്ദ്രിയങ്ങളുടെയോ ഇന്റർമീഡിയേഷൻ കൂടാതെ ഏർപ്പെടുന്ന ഒരു അറിവിന് പേരാണ് പ്രജ്ഞ അതിനെയാണ് ബോധം എന്ന് പറയേണ്ടത് അതാണ് ശ്രുതി മഹാവാക്യങ്ങൾ കൊണ്ട് ബ്രഹ്മം ബോധസ്വരൂപമാണ് എന്ന് മഹാവാക്യം കൊണ്ട് പറഞ്ഞു പ്രജ്ഞാനം എന്നിട്ട് ആ ബ്രഹ്മത്തിനെ എവിടെ തെരയണം എന്ന് ചോദിച്ചപ്പോഴാണ് അടുത്ത മഹാവാക്യം അഹം ബ്രഹ്മാസ്മി ബ്രഹ്മത്തിനെ അഹം എന്നുള്ള അനുഭവത്തിൽ അന്വേഷിക്കണം അല്ലാതെ ഞാൻ ബ്രഹ്മമാണെന്ന് ധ്യാനിക്കാനല്ല ബ്രഹ്മം പ്രജ്ഞാന സ്വരൂപമാണ് എന്ന് പറഞ്ഞു ബോധിപ്പിച്ചിട്ട് ഈശ്വരൻ ആരാണ് ഈശ്വരൻ ശുദ്ധമായ അറിവേ സ്വരൂപമായിട്ടുള്ളവനാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ആ അറിവിനെ എവിടെ അന്വേഷിക്കണം അഹം അഹം എന്നുള്ള സെന്ററിൽ അറിവിനെ അന്വേഷിക്കുന്നു എന്താന്ന് വെച്ചാൽ നിർവിശേഷമായ അറിവ് അതാണ് ഞാൻ ഉണ്ട് ഞാൻ ഞാൻ ഞാൻ എന്ന് അനുഭവപ്പെടുന്നത് എന്തോ അതാണ് നിർവിശേഷമായ അറിവ് അത് തന്നെ പ്രജ്ഞ പ്രകർഷേണ ഉള്ള ജ്ഞാനം അതാണ് പ്രജ്ഞ അതായത് പ്രകർഷേണ ഉള്ള ജ്ഞാനത്തിനും സാധാരണ ജ്ഞാനത്തിനും എന്താ വ്യത്യാസം സാധാരണ ജ്ഞാനം മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഏർപ്പെടുന്നത് ഈ ജ്ഞാനം മനസ്സോ ബുദ്ധിയോ ഇന്ദ്രിയങ്ങളോ ഇല്ലാതെ തന്നെ ഏർപ്പെടുന്നത് അല്പം കൂടെ തെളിച്ച് പറയാം ഇവിടെ ലൈറ്റൊക്കെ ഇല്ലെങ്കിലും ഈ കൂരാക്കൂരി ഇരിട്ടാണെങ്കിലും അന്ധകാരത്തിലും നമുക്ക് ഏർപ്പെടുന്ന ഒരറിവുണ്ട് ഞാൻ ഉണ്ട് എന്നുള്ള ഒരു അനുഭവ സ്വരൂപമായ അറിവ് അടുത്തുള്ള ആളുകൾ ഉണ്ടോന്നറിയില്ല എന്റെ ശരീരം തന്നെ ഉണ്ടോ എന്ന് അറിയില്ല പുറമേക്ക് യാതൊരു വസ്തുവുമറിയില്ല ശരീരത്തിൽ കയ്യേ കാലക്കെ മുറിച്ചു കളഞ്ഞാലും ഒരു കുറവും കൂടാതെ അനുഭവപ്പെടുന്ന ഒരു എക്സിസ്റ്റൻസ് അകമയ്ക്ക് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം നമുക്ക് സിദ്ധമാണ് ഞാൻ ഉണ്ട് എന്ന് നമ്മൾ അനുഭവിക്കണം അഹമസ്മി ഞാൻ ഉണ്ട് ഞാൻ രണ്ടുപേര് ഇരുട്ടിലിരിക്കുകയാണെങ്കിൽ പരസ്പരം ചോദിക്കുകയാണ് ഇരുളിൽ ഇരിപ്പവനാർ ചൊൽകനീയെന്നൊരുവൻ ഉരപ്പതു കേട്ടു താനുമേവം രണ്ടുപേര് ഇരുട്ടിലിരിക്കണോ അത്രേ അതിലൊരാൾ മറ്റൊരാളവിടെ രണ്ടുപേരും പരസ്പരം അറിയുന്ന ആളുകളാണ് മറ്റേ ആളോട് ചോ ആരാ ഞാനാണേ ആരാ ഞാൻ തന്നെ ഇയാളോട് തിരിച്ചു ചോദിച്ചാൽ ഞാൻ തന്നെ എന്നാണ് ഉത്തരം ഈ ഞാനിനെ ഒരു ഞാനിനെ മറ്റൊരു ഞാനിൽ നിന്നും വേർതിരിച്ച് കാണാനായിട്ട് ഞാൻ രാമൻ ഞാൻ കൃഷ്ണൻ ഞാൻ ഗോവിന്ദൻ എന്തെങ്കിലുമൊക്കെ പേര് കൂട്ടിച്ചേർക്കും പക്ഷെ ആ പേര് ആർട്ടിഫിഷ്യലാണ് ഒരു പേരെ എല്ലാവർക്കും ഉള്ളൂ ഞാൻ അഹം നാമ അഭവത് ശ്രുതി അങ്ങനെയാണ് ഭഗവാനായിട്ട് നമുക്ക് വെച്ച ഒരു പേരാണ് അഹം എന്നാണ് ഞാൻ എന്നുള്ള അനുഭവ സ്വരൂപം അപ്പൊ ആ അനുഭവത്തിനെ പ്രജ്ഞ എന്ന് പറയണം പക്ഷെ അതിൽ ഇപ്പൊ അഡൽട്ടറേഷൻ ഉണ്ട് അഡൾട്രേഷൻ എന്താണ് മനസ്സ് ബുദ്ധി ഇതൊക്കെയാണ് അഡൾട്രേഷൻ അത് നമ്മളെ സമാധാനത്തോടെ ഇരിക്കാൻ അനുവദിക്കാതെ ഈ പ്രജ്ഞയെ കളങ്കപ്പെടുത്തിക്കൊണ്ട് തന്നെ ശുദ്ധമായ ആ പ്രജ്ഞ മനസ്സു ഉണ്ടാവുന്നതിനു മുമ്പ് ശുദ്ധമാണത് അതാണ് ചെറിയ കുട്ടികളിലൊക്കെ വളരെ സന്തോഷമായിട്ട് അവരിയ്ക്കണം ഒന്നും ബാധിക്കപ്പെടാതെ നമ്മളുടെ നാച്ചുറൽ സ്റ്റേറ്റ് ആണ് ആ പ്രജ്ഞ ഇപ്പോ അത് നമുക്ക് ജീവനായിട്ട് തോന്നുന്നു ഞാൻ എന്നുള്ള അനുഭവത്തിനെ നമ്മളിപ്പോ ജീവൻ എന്ന് വിളിക്കുന്നു അത് കയറിനെ പാമ്പെന്ന് വിളിക്കണ പോലെയാണ് വെളിച്ചം അടിച്ചു നോക്കിയാൽ പാമ്പില്ല കയറേ ഉള്ളൂ എന്ന് കാണപ്പെടുന്ന പോലെ ഈ ഞാൻ എന്താണ് എന്ന് ശ്രദ്ധാ വെളിച്ചം അടിച്ചകമേക്ക് നോക്കിയാൽ ശ്രദ്ധയാവുന്ന വെളിച്ചം അടിച്ച അകമയ്ക്ക് ഈ ഞാൻ എന്താണ് അതിനാണ് ആത്മവിചാരം എന്ന് പറയുന്നത് ശ്രദ്ധയാവുന്ന വെളിച്ചം അകമയ്ക്കടിച്ച് ഈ ഞാൻ ഞാൻ എന്ന് പറയണുണ്ടല്ലോ ഇതിന്റെ സ്വരൂപം എന്താണ് എന്ന് അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ ഈ ജീവൻ അത് ജീവന്റെ സ്വഭാവം വിട്ട് ബ്രഹ്മത്തിന്റെ സ്വഭാവം അല്പ അല്പമായി കാണിച്ചു തുടങ്ങും എന്നുവെച്ചാൽ ദുഃഖത്തിന്റെ പിടിവിട്ട് സുഖം കാണിച്ചു തുടങ്ങും ചാഞ്ചല്യത്തിന്റെ പിടിവിട്ട് നിശ്ചലത കാണിച്ചു തുടങ്ങും അശാന്തിയുടെ പിടി വിളിച്ചു വിട്ട് ശാന്തി കാണിച്ചു തുടങ്ങും മരണത്തിന്റെ പിടിവിട്ട് അമൃതാനുഭവത്തിന്റെ രുചി അകമയ്ക്ക് അല്പ അല്പ അല്പമായി ഉള്ളുന്നു തന്നെ ഊട്ടി തുടങ്ങും നമ്മളെ അപ്പോ നമുക്ക് സിദ്ധമാണിതൊക്കെ നമുക്ക് സിദ്ധമാണ് ദേവിചേരിത് ഓർത്തോളുക ഇത് ബുദ്ധി കൊണ്ട് പിടിച്ചെടുക്കാൻ ശ്രമിക്കരുത് ഇത് വെറു ഒരു ദീക്ഷ പോലെയാണത് ഹൃദയം കേട്ടുകൊണ്ടിരുന്നാ മതി അകമയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ ശ്രദ്ധ ഫൂർത്തിയിൽ ഇതിനാണ് ബ്രഹ്മബീജം എന്ന് പറയുന്നത് ബ്രഹ്മബീജം എന്ന് ഭാഗവതത്തിലൊക്കെ വരും അതിന് പ്രണവം എന്ന് വ്യാഖ്യാനിക്കും പ്രണവം എന്ന് വ്യാഖ്യാനിച്ച പോരാ ഈ അഹംസ്പൂർത്തിയാണ് ബ്രഹ്മബീജം ബ്രഹ്മത്തിന്റെ സീഡ് ബീജം നമ്മളുടെ അകത്തുള്ളത് ഞാൻ ഉണ്ട് അത് ബീജം എന്ന് പറയാൻ കാരണം അത് ഒരു ബീജം വലിയ വൃക്ഷമാവണ പോലെ അതിന് വെള്ളമൊഴിച്ചു കൊടുത്ത് വളമിട്ട് കൊടുത്ത് അത് വളർത്തിയാൽ കാലം കൊണ്ട് വലിയ വൃക്ഷമാവണ പോലെ നമ്മളുടെ ഉള്ളിലുള്ള ഈ അഹങ്കാരം എന്ന് നമ്മൾ നിന്ദിക്കുന്ന ഈ വ്യക്തിബോധത്തിന്റെ സ്ഫൂർത്തിയെ നമ്മൾ ശ്രദ്ധയാവുന്ന തീർത്ഥമൊഴിച്ചു കൊടുത്താൽ ഭക്തിയാവുന്ന വളമിട്ട് കൊടുത്താൽ ധ്യാനമാവുന്ന നിരന്തരമായ പൂജ ചെയ്താൽ ഈ ബീജം തന്നെ വലിയ അനുഭൂതി വൃക്ഷമായിട്ട് അകമയ്ക്ക് പരിണമിക്കും നിഗമകൽപ്പതരുമായിട്ട് പ്രകാശിക്കും അനുഭൂതികൽപതരവുമായി പ്രകാശിക്കും അതിനു പേര് തന്നെ പ്രജ്ഞ അപ്പോ ആ പ്രജ്ഞാൻ എന്നുള്ള അനുഭവം തന്നെ അഖണ്ഡാകാരമായി പരമാത്മ സ്വരൂപമായി ഭഗവത് സ്വരൂപമായി ഈശ്വരസ്വരൂപമായി തെളിഞ്ഞു പ്രകാശിക്കുന്നത് ഒരു കുടത്തിന്റെ ഉള്ളിലുള്ള ആകാശത്തിനും പുറമേക്കുള്ള സ്പേസിനും വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ കൊടം ഒരു ഭ്രമം ഉണ്ടാക്കുന്നു കൊടത്തിന്റെ ഉള്ളിലുള്ള സ്പേസ് ലിമിറ്റഡ് ആണെന്ന പോലെ ഒരു ഭ്രമം പക്ഷെ കുടത്തിന്റെ ഉള്ളിലുള്ള സ്പേസും പുറത്തുള്ള സ്പേസ് ഒന്ന് തന്നെ ഘടാകാശം മഹാകാശ ഇവ ആത്മാനം പരാത്മനി വിലാപ്യ അഖണ്ഡ ഭാവേന തൂഷ്ണീംഭവ സദാമുനേ ആചാര്യസ്വാമികൾ പറയുന്നു ഈ ഘടാകാശത്തിനെ മഹാകാശത്തിൽ ലയിപ്പിക്കണമെങ്കിൽ ഈ കൊടം തല്ലിപ്പൊട്ടിച്ചാൽ ഉള്ളിലുള്ള ആകാശം സ്പേസ് അറിഞ്ഞാലും മതി രണ്ടും അതേപോലെ ഈ ജീവാഹന്തയും അഖണ്ഡമായ ബോധവും ഒന്നാണെന്ന് അറിഞ്ഞ് നിശ്ചലമായി ചുമ്മായിരിക്കൂ എന്ന് പറയുന്നു വിവേക ആ ചുമ്മാ ഇരിക്കലാണ് ഇവിടെ ഭഗവാൻ സ്ഥിതപ്രജ്ഞത്വം എന്ന് പറയുന്നത് ഇത്രയും ഞാൻ പറയുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നും ഇതൊക്കെ വ്യവഹാരത്തിൽ സാധ്യമാണോ എന്ന് ഇത്രയും പറഞ്ഞത് കൊണ്ട് പേടിക്കേണ്ട ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ സിദ്ധമായിട്ടുള്ളതാണ് ഇത് നമ്മളുടെ അനുഭൂതിക്ക് തകന്ന രീതിയിൽ അല്പ അല്പം കിട്ടിയാലും മതി ഭഗവാൻ തന്നെ പറയുന്നു സ്വൽപ്പ്രായ മഹതോ ഭയാ ഇതിന് അല്പരുചി കിട്ടിയാൽ പോലും നമുക്ക് പേടി വിട്ടുപോകും ഭയം നമ്മൾ വിട്ടുപോകുന്നു അപ്പൊ പടിപ്പടി നമ്മൾ ഓരോരുത്തർ ഏതേത് ഘട്ടത്തിൽ നിൽക്കണമെന്ന് അറിയില്ലല്ലോ എവിടെ നിൽക്കണമെന്ന് അറിയില്ലല്ലോ ഇവിടെ ഭഗവാൻ പറയണത് ഈ പ്രജ്ഞ ഈ ഞാൻ എന്നുള്ള അനുഭവം അഖണ്ഡാകാരമായി തെളിയാനായിട്ട് തടസ്സം ചെയ്യുന്നത് എന്താ ആര് തടസ്സം ചെയ്യുന്നു മറ്റൊന്നുമല്ല നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ള ആഗ്രഹം വാസന അനേക വിഷയങ്ങളിൽ ഉള്ള പറ്റ് പറ്റിക്കൂടൽ തൃഷ്ണ മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ പുറമേക്ക് പോയി ഓരോ വസ്തുക്കളെ ഗ്രഹിച്ചുകൊണ്ട് അകമയ്ക്ക് വരുന്നു പുറം തണ്ടി ഓരോന്ന് കൊണ്ടുവരുന്നു അകമയ്ക്ക് ഓരോ സമ്പത്ത് ശേഖരിക്കുന്നു അകമയ്ക്ക് ഡിസ്റ്റർബൻസസ് ഈ ആഗ്രഹങ്ങളെ വാസനകളെ निशेष नीका अगम्स्थिप्रज्ञाइट ब्रह्माुभूति प्रकाशिकमन भगवा सर्वान्प मनोगत मनसल आग्रह मु അതെങ്ങനെയാ അതിന് അത് പറയണത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഒരാൾ ഒരു മുണ്ട് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു മുണ്ട് വാങ്ങിച്ചു കൊണ്ടുവന്നു കൊടുത്തപ്പം അദ്ദേഹം അയ്യേ എനിക്ക് ഈ നൂലൊന്നും വേണ്ട മുണ്ട് മാത്രം മതി നൂലൊക്കെ എടുത്തു കളഞ്ഞിട്ട് ഒരു മുണ്ട് വാങ്ങിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ മുണ്ടു കൊടുക്കാതെ തന്നെ നടക്കണം അല്ലേ അതേപോലെയാണ് മനസ്സിലുള്ള കാമനകളെയൊക്കെ കളയുക എന്ന് വെച്ചാൽ എന്താർത്ഥം മനസ്സിനെ തന്നെ കളയുക എന്നർത്ഥം അമനസ്കഭാവം മനസ് എന്ന് വെച്ചാൽ തന്നെ ഡിസയറിംഗ് മൂവ്മെന്റ് ആണ് ഇവിടെ നിന്നും അവിടേക്ക് അതിന് ഭവം എന്നുപേര് മൂവ്മെന്റ് ചെറുപ്പം മുതൽ നമുക്ക് ഒരേ ഒരു കാര്യമേ നമ്മളുടെ മനസ്സിനറിയുള്ളൂ നാളെ എന്താവണം ഇനി പോയിട്ട് രാത്രി എന്ത് ചെയ്യണം ഫ്യൂച്ചറിലേക്കുള്ള മൂവ്മെന്റിന് പേരാണ് മനസ്സ് ഭവം ഭവിക്കൽ ബിക്കമിങ് ആയിത്തീരൽ എനിക്കതാവണം എനിക്കിതാവണം അങ്ങനെ ആവണം അല്ലെ കുട്ടികളെ കണ്ട ഉടനെ നിനക്കെന്താവണം ചോദിക്കും നീ എന്താണ് ചോദിക്കും മനസ്സ് ഇങ്ങനെ ഭാവനാ മണ്ഡലത്തിലാണ് അതിന്റെ ആ മൂവ്മെന്റിനെ തടസ്സം ചെയ്യാനായി ആദ്യമായി നമ്മൾ എന്തു ചെയ്യും ഈശ്വര സാക്ഷാത് ജീവിതത്തിന്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരം നേടലാണ് ജീവിതത്തിന്റെ ലക്ഷ്യം മരിക്കുന്നതിന് മുമ്പെങ്കിലും ഞാനത് സാധിച്ചിരിക്കും എന്നൊരു സങ്കല്പം ചെയ്യും വ്യവസായാത്മിക ബുദ്ധി മമോ ദുരിതക്ഷ ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം സങ്കല്പം സങ്കല്പം എന്താ ഡിറ്റർമിനേഷൻ ഡിറ്റർമിനേഷൻ ചെയ്താൽ മനസ്സ് പിന്നെ അതിനു ചുറ്റു ഓടിക്കൊണ്ടിരിക്കും അതിനുവേണ്ടിയാണ് അപ്പൊ ആദ്യ ഒരു സങ്കല്പം എന്താണ് ആത്മസാക്ഷാത്കാരം ഈ ജന്മത്തിലെ നേടണം ഈശ്വരനെ പ്രാപിക്കണം ഇതൊരാഗ്രഹം ഈ ആഗ്രഹത്തിനെ വെച്ചുകൊണ്ട് ബാക്കിയുള്ള ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതാക്കണം അതാണ് ഗോപ സ്ത്രീകളൊക്കെ കൃഷ്ണനെ കാണണം കൃഷ്ണനടുത്ത് പോകണം എന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവർക്ക് വിട്ടുപോയവർക്ക് പക്ഷെ കൃഷ്ണൻ അവിടെ നിന്നു കൃഷ്ണന് കാണണം എന്നുള്ള ആഗ്രഹം നിന്നു അവർ പറഞ്ഞു ഇവനോടുള്ള ആഗ്രഹം ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് കരയാണ് അവര് ഉദ്ധവരോട് അപ്പോഴാണ് ഉദ്ധവർ പറഞ്ഞത് കൃഷ്ണൻ നിങ്ങളുടെ അന്തരാത്മാവാണ് നിങ്ങളുടെ സ്വരൂപമാണ് ആഗ്രഹിച്ചു നേടേണ്ട വസ്തുവല്ല കൃഷ്ണൻ എവിടെയോ ദൂരത്തുണ്ട് എന്നുള്ള ഭ്രഹ്മൊണ്ടാണല്ലോ മനസ്സാഗ്രഹിക്കുന്നത് ആ ആഗ്രഹവും പോയാൽ ബാക്കി കൃഷ്ണനാണ് കൃഷ്ണൻ സിദ്ധമായിട്ടുള്ളവനാണ് അതാണ് തിരുമൂലർ എന്നൊരു സിദ്ധർ പാടി ആശയൻ ആശയെ അറിമിൻന്ന് വെച്ചാൽ ആഗ്രഹം ഇല്ലാതാക്കും ആശയൻ ആശയെ അറിമിൻ രണ്ടു പ്രാവശ്യം പറഞ്ഞു ആശയൻ അറിമിൻ വെച്ചാൽ റൂട്ട് ഇറ്റ് ഔട്ട് വേരോടെ പിഴത്തുകളയും ആശയെ അറിമിൻ എന്തിനോടാ ഈശ്വരനോടാകിലും ആശയ അറിമിന്ന ഇനി ഈശ്വരനെ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് ലൗകികാഗ്രഹങ്ങളൊക്കെ എടുത്തു കളഞ്ഞു അനി അവസാനം അതും എടുത്തു കളയണം എന്തിനാ അതിനെ എടുത്തു കളയണന്ന് വെച്ചാ അതും പോയാൽ ബാക്കി നിക്കണത് ഈശ്വരനാണ് ആ ആഗ്രഹമാണ് ഈശ്വരനെ പ്രാപിക്കാനും തടസ്സമായിട്ട് നിൽക്കും ആഗ്രഹം എന്താ അപ്പോഴും ഈശ്വരൻ എവിടെയോ ഉണ്ട് പ്രാപിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും ആ ആഗ്രഹവും പോയാൽ പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഹത്താണ് ആത്മനിയേവ ആത്മാനാ തുഷ്ട്രഹക്കെ പോയാൽ ജീവിതത്തിന് എന്തു രസം അല്ലെ ആകെപ്പാടപ്പൊരു സുഖമുള്ള നാളെ എന്തോ കിട്ടുന്നുള്ള ആഗ്രഹത്തിലാണ് ഇതിപ്പോ ഈ ആഗ്രഹങ്ങളൊക്കെ കളഞ്ഞു ഒന്നുമില്ലാതെ മരക്കൂറ്റി പോലെ ആവുമോ ശൂന്യമാവോ ജീവിതം ആ ഒരു സംശയം വരാതിരിക്കാനാണ് ഭഗവാൻ പറഞ്ഞത് ആത്മന്യേവ ആത്മനാ തുഷ്ട അകമയ്ക്ക് ആനന്ദം ആനന്ദരൂപം അമൃതം യാതി ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്ന ആനന്ദം സംതൃപ്തി സന്തോഷം പൂർണ്ണ അമൃതകുംഭം അകമയ്ക്ക് വെച്ച പോലെ ഒരു സന്തോഷം ഒരു തൃപ്തി ആ ആനന്ദം ഒരു തൃപ്തി വരുമ്പോ നമ്മൾ ആഗ്രഹിക്കുക ആഗ്രഹമുള്ളവൻ ഭിക്ഷക്കാരനാണ് അവൻ എത്ര വലിയ പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ സ്വാമി രാമതീർത്തൻ എന്നൊരു മഹാത്മാ ഉണ്ടായിരുന്നു വിവേകാനന്ദ സ്വാമികളുടെ കാലത്ത് അദ്ദേഹം ലാഹോർ കോളേജിൽ മാത്തമാറ്റിക്സ് പ്രൊഫസറായിരുന്നു സ്വാമി വിവേകാനന്ദനെ കണ്ടപ്പോ എല്ലാം ഉപേക്ഷിച്ചു കുട്ടിക്കാലം മുതൽ അദ്ദേഹം വേദാന്ത വിചാരവും കൃഷ്ണഭക്തിയുമായിട്ടിരുന്ന ആളാണ് സ്വാമി വിവേകാനന്ദനെ കണ്ടതോടുകൂടെ എല്ലാ സർവസംഗപരിത്യാഗിയായിട്ട് തീർന്നു പാരിവ്രജ്യം അവധൂതനെ പോലെ ഹിമാലയത്തിൽ കുറച്ചു കാലം സഞ്ചരിച്ചിരുന്നു അവസാനം അദ്ദേഹത്തിന് നിർബന്ധമായിട്ട് അമേരിക്ക ജപ്പാനിലും ഒരു മതമഹാസമ്മേളനം ഉണ്ട് എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് അദ്ദേഹത്തിനെ പറഞ്ഞുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി മറ്റോ ഒന്നിലോ രണ്ടിലോ മറ്റോ വിവേകാനന്ദ സ്വാമിയുടെ സമാധിക്ക് ശേഷം ജപ്പാനിൽ അദ്ദേഹം ചെന്നു ഒരാഴ്ച താമസിച്ചു അവിടെ മതമഹാസമ്മേളനമൊന്നും ഉണ്ടായിരുന്നില്ല ആരോ പറഞ്ഞത് കേട്ട് അദ്ദേഹത്തിന് പറഞ്ഞയച്ചതാണ് പക്ഷെ അദ്ദേഹമോ സന്യാസധർമ്മമനുസരിച്ച് പണം കൈകൊണ്ട് തൊടില്ല ഒരു സഞ്ചി മാത്രം കർഷത്തില് കപ്പലിലാണ് പോക്ക് ജപ്പാൻ നിന്ന് അമേരിക്കയിലേക്ക് അയച്ചു നാപ്പത്തൊന്ന് ദിവസം യാത്ര ചില രാജാക്കന്മാരൊക്കെ പ്രാർത്ഥിച്ചയച്ച ഇദ്ദേഹം സന്തോഷമായൊരു സഞ്ചിയും എടുത്ത് അമേരിക്കയിലേക്ക് പോകാടും കപ്പൽ അദ്ദേഹത്തിനോട് പറഞ്ഞു സ്വാമി പണം കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അവിടെ പോയി ബുദ്ധിമുട്ടും അവിടെ ഇന്ത്യയിലെ പോലെ ഭിക്ഷ എടുക്കാൻ പറ്റില്ല വിവേകാനന്ദ സ്വാമികൾ തന്നെ അവിടെ പോയിട്ട് പണം ഇല്ലാതായിട്ട് വളരെയധികം വിഷമിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് പണം കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എന്ത് ബുദ്ധിമുട്ടാണ് എനിക്ക് വല്ലതും വേണമെങ്കിലല്ലേ ബുദ്ധിമുട്ടാണ് എനിക്കിപ്പോ അമേരിക്കയിൽ പോണമെന്നു ഇല്ല അപ്പൊ നിങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കാം നിങ്ങളല്ലേ പായക്കാം എന്നെ ശക്തി അങ്ങോട്ട് കൊണ്ടുപോകണോ അതിന്റെ ചുമതലയാണ് എന്നെ നോക്കേണ്ടത് അദ്ദേഹം ഒരു സഞ്ചി മാത്രമായിട്ട് പോയിന്ന അതോച്ച് നോക്ക ഒരു ചെറിയ ബാഗുമായിട്ട് ഇത്രയും വലിയൊരു യാത്ര ചെയ്ത് അവിടെ കപ്പൽ എത്തേണ്ട സ്ഥലം ഏതോ സ്ഥലം അവിടെ ഇറങ്ങാനും ആളുകൾ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം സഞ്ചി വെച്ചോണ്ട് ഇദ്ദേഹത്തിനും വിളിച്ചുകൊണ്ട് പോകാനും ആരും വരാനില്ല അദ്ദേഹത്തിന് പോക്കണവും ആളുകൾ ഇറങ്ങലും പോക്കും ബഹളമായിട്ടിരിക്കുമ്പോൾ ഈ ഒരു സഞ്ജീവുമായിട്ട് അദ്ദേഹം ഈ കപ്പലിന്റെ ഇറങ്ങേണ്ട സ്ഥലത്ത് നിൽക്കാണ് എങ്ങോട്ടാ പോണ്ടെന്ന് ചോദിച്ചറിയില്ല അപ്പോ ഒരു വെള്ളക്കാരൻ ഒരാൾ കയറി വന്നു ഒരു സായിപ്പ് കയറി വന്നു അദ്ദേഹത്തിനെ കണ്ട് എന്തോ ഒരു ഔത്സുഖ്യത്തോടുകൂടെ കയറി വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എവിടുന്നു വരണമെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു വിവരമൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാഗ് ഒന്നുമില്ലേ ലഗേജ് ഒന്നും ഇല്ലേ ചോദിച്ചു നോ രാമാർ കാരി വാട്ട് ഹി ബോണ്ട് നമ്മൾ ചെറിയൊരു സഞ്ചി കാണിച്ചു അദ്ദേഹം രാമാന്നേ പറയുള്ളൂ തന്നെ ഞാൻ എന്ന് പറയില്ല തന്നെ രാമ എന്ന് പറയും അപ്പൊ നിങ്ങൾക്ക് പണമില്ലേ വെച്ചു നോ റാമാൻ അവർ കാരി മണി അപ്പൊ ഇവിടെ ഇറങ്ങാൻ പോവാണോ ആർ യു ഗോയിങ് ടു ഗെറ്റ് ഡൌൺ ഹിയർ യെസ് അപ്പൊ നിങ്ങളെവിടെ ആരും നോക്കും ഡു യു ഹാവ് സം ഫ്രണ്ട്സ് ഇവിടെ ആരെങ്കിലും കൂട്ടുകാരോ ഉണ്ടോ അതെ എനിക്ക് ധാരാളം കൂട്ടുകാരുണ്ട് ആരാണ് എവിടെയാണ് നിങ്ങൾ തന്നെ ഇയാളുടെ തോളിൽ തട്ടിയത്രേ പിന്നെ അദ്ദേഹത്തിന് രണ്ടു വർഷം നോക്കിയതും അദ്ദേഹത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തതും ഈ ആളായിരുന്നു അദ്ദേഹത്തിനെ കൊണ്ട് താമസിപ്പിച്ച് ചാക്രമിൻ്റോ നദിയുടെ തീരത്തില് അദ്ദേഹത്തിന് ഒരു കുടീരം നിർമ്മിച്ചു കൊടുത്ത് അവിടെ താമസിക്കും അദ്ദേഹം പണിയെടുക്കും അവിടെ ഇവർക്ക് വരകൊക്കെ വെട്ടിക്കൊടുക്കും അദ്ദേഹം വിവേകാനന്ദനെ പോലെ അത്ര കൊണ്ട് പ്രഭാഷണമൊന്നും ചെയ്തില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങള് പലതും വിവേകാനന്ദ സ്വാമിയുടെ പ്രഭാഷണങ്ങളെക്കാളും പ്രബലമാണ് കാവ്യാത്മകമായും വേദാന്തത്തിൽ വളരെ ആഴമായിട്ടുള്ള പ്രസംഗങ്ങളായിരുന്നു ഇൻ ദ വൂഡ്സ് ഓഫ് ഗോഡ് റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ എവിടെ ആയിട്ട് നിന്ന് അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി മനക്കെടുവൊന്നുമില്ല അദ്ദേഹം ഇങ്ങനെ സുഖമായിട്ട് ആ നദീതീരത്തില് പ്രണവം ജപിച്ചുകൊണ്ടിരിക്കും ചിലപ്പോ ആഴുന്ന സമാധി സുഖത്തിലിരിക്കും അദ്ദേഹത്തിന് അവര് ഒരു മരത്തുനിന്ന് ഒരു ഒരു തൊട്ടി പോലെ ഹാമ്പോക്ക് എന്ന് പറയുമല്ലോ അതിങ്ങനെ കെട്ടിക്കൊടുത്തിരുന്നു അതിൽ കിടക്കും കിടന്നു പക്ഷികളോട് വർത്തമാനം പറയും പേനയോട് വർത്തമാനം പറയും മരത്തിനോട് വർത്തമാനം പറയും നദിയോട് വർത്തമാനം പറയും അദ്ദേഹത്തിന് കണ്ട ആളുകൾ ചിരിക്കും എന്നാണ് സന്തോഷം കൊണ്ട് അത്രയധികം കണ്ടേജിയസ് ആയിരുന്നു അത്ര അദ്ദേഹത്തിന്റെ ആനന്ദം ആ ആനന്ദം അത്രയധികം കണ്ടേജിയസ് ആയിരുന്നു ഒരമ്മ ഈ സാധുക്കളുടെ കഥയൊക്കെ ഞാനിങ്ങനെ പറയാൻ കാരണം നമുക്ക് ഉപനിഷത്തും വേദാന്തുമൊക്കെ മനസ്സിലാവണമെങ്കിൽ ഇതിലൂടെ വേണം പോവാൻ ഒരമ്മ ജീവിതം മുഴുവൻ അനേക ദുഃഖങ്ങൾ അനുഭവിച്ച അവർക്ക് ആറോ ഏഴോ കുട്ടികളും മരിച്ചു ആ അമ്മ പലയിടത്തും പോയിട്ട് ഈ ദുഃഖം തീരാതെ അവസാനം ആരോ പറഞ്ഞ് സ്വാമികളുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുവന്നു രാമതീർത്തടുത്ത് അവര് മുമ്പിൽ വന്ന് തന്റെ ദുഃഖമൊക്കെ പറഞ്ഞു തന്റെ മക്കളും മരിച്ചതും ആറു കുട്ടികളോ ഏഴു കുട്ടികളോ ഒക്കെ മരിച്ച ദുഃഖം പറഞ്ഞ് ഒരുപാട് കരഞ്ഞു കരയുമ്പോ ഇദ്ദേഹം ശില പോലെ ഒരു വികാരവും ഇല്ലാതെ ഇരിക്കുവായിരുന്നു അപ്പൊ ആ അമ്മയ്ക്ക് വല്ലാതെ വിഷമം തോന്നി ഞാൻ ഇത്തരം പറഞ്ഞിട്ട് ഒരു ചലനമില്ല എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം കണ്ണ് തുറന്നു അത്രയും ഈ പറയുന്നവരെ കണ്ണടച്ചിരിക്കും എല്ലാം കേട്ടിട്ട് കണ്ണ് തുറന്ന് ആ അമ്മയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് മദർ എന്ന് വിളിച്ചു എന്നാണ് അമ്മ എന്ന് വിളിച്ചു അത്രയും അപ്പൊ അവർക്ക് ആ ക്ഷണം അവരുടെ ഉള്ളിലൊരു സ്ഫോടനം ഒരു എക്സ്പ്ലോഷൻ അകമൊക്കെ ഉണ്ടായി അവർ പറഞ്ഞു എനിക്ക് ആ ക്ഷണം എനിക്ക് തോന്നി ഞാൻ വിശ്വത്വനു മുഴുവൻ അമ്മയാണെന്നാണ് എനിക്ക് ഏഴു കുട്ടികൾ മരിച്ചതല്ല എത്രയോ അനേകം കുട്ടികൾ എനിക്കുണ്ട് എന്നൊരു ആനന്ദം ഒരു തൃപ്തി സ്വത്വം എനിക്ക് തോന്നിയതാണ് സ്വാമികളുടെ വലിയൊരു ഭക്തയായിരുന്നു അമ്മ എന്തിനു പറയണെന്ന് വെച്ചാൽ യാതൊരാഗ്രഹമില്ലാത്ത ആള് എവിടെയും സ്വതന്ത്രനാണ് കയ്യിൽ പണമില്ലാതെയും ഒരു സഞ്ചിയെടുത്തുകൊണ്ട് ചക്രവർത്തി പോലെ അദ്ദേഹം അവിടെ പോയി അദ്ദേഹം ആരെയും കാണാൻ ആഗ്രഹിച്ചില്ല അദ്ദേഹത്തിനെ കാണാനായി അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള റൂസ് വേൾഡ് അദ്ദേഹത്തിനെ കാണാൻ വന്നു ഇന്നത്തെ കാലത്ത് രാമതീർത്ഥനെ അപ്പോ പ്രസിഡന്റ് വരുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ ചില ഡെബ്യൂട്ടീസ് ഒക്കെ സ്വാമിയോട് പറഞ്ഞു സ്വാമി നിങ്ങളെപ്പോഴും രാമാ രാമാ നിങ്ങളെ കുറിച്ച് പറയണു പക്ഷെ പ്രസിഡന്റിന്റെ അടുത്ത് അങ്ങനെ സംസാരിക്കണത് ശരിയല്ല അതുകൊണ്ട് ഐ എന്നുള്ള പദം ഉപയോഗിക്കണം ഞാൻ എന്ന് പറയണം നിങ്ങൾ ഇങ്ങനെ പ്രസിഡന്റിന്റെ അടുത്തും രാമ രാമ അദ്ദേഹം എന്തോ വിചാരിക്കും ഇന്ന് സ്വാമിയെ അല്പം ഒന്ന് പറഞ്ഞു നോക്കി അദ്ദേഹം ഒന്ന് ചിരിച്ചു ഉള്ളൂ എന്നിട്ട് പ്രസിഡന്റ് വന്നപ്പോൾ രാമാ എന്ന് പറയണതിന് പകരം എംപറാമ ചരവർത്തിയായ രാമതീർത്തൻ സ്വയം തന്നെ കുറിച്ച് ചക്രവർത്തിയായ രാമതീർത്ഥൻ ചക്രവർത്തിയാൽ വീണ്ടും വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് എപ്പോഴൊക്കെ വർത്തമാനം വരണു അപ്പോഴൊക്കെ തന്നെ കുറിച്ച് പറയും ഇപ്പൊ ചക്രവർത്തിയായ രാമൻ എന്ന് പറയും അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ചോദിച്ചു സ്വാമി നിങ്ങൾ ഏത് നാട്ടിന് ചക്രവർത്തിയാകും അടുത്ത നേരത്തേക്കുള്ള ഊണ കഴിക്കാനുള്ള വകയില്ല കയ്യില് ഉടുത്ത വസ്ത്രം മാത്രമേ ഉള്ളൂ എന്ത് നാട്ടിന് ചക്രവർത്തി അപ്പോ സ്വാമി പറഞ്ഞു അത്രേ എനിക്ക് യാതൊന്നും വേണ്ട ഗ്രഹിക്കുന്നവൻ ഒരിക്കലും ചക്രവർത്തിയാകാൻ പറ്റില്ല ഞങ്ങളുടെ ഉപനിഷത്ത് പറയുന്നു യാതൊരാഗ്രഹവും ആർക്കില്ലയോ അവൻ സർവത്ര തന്നെ കാണുന്നു ആത്മാ പുരസ്താത്മാ പശ്ചാത്ത ആത്മാണത ആത്മാ ഉത്തരത ആത്മൈവേദം സസ്വരാഡ് സർവു ലോകേഷു കാമചാരോഭവത്തി ആര് സർവത്ര ആത്മാവിനെ കാണുന്നുവോ അവൻ സ്വരാട് സ്വരാട് എന്ന് വെച്ചാൽ സ്വരാജ്യ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നാണ് അവന്റേത് അവന്റെ സ്വരാജ്യമാണ് പ്രപഞ്ചം മുഴുവൻ ഒരിടത്തും അവന് ഒരു തടസ്സവും വരാത്തതുകൊണ്ട് കാമചാരോ ഭവതി സർവേഷു ലോകേഷു കാമചാരോ ഭവതി എവിടെയും യാതൊരു തടസ്സവും ഇല്ലാതെ സ്വതന്ത്രമായി കുട്ടികളെ പോലെ സർവതന്ത്ര സ്വതന്ത്രനായി സഞ്ചരിക്കും അവനെ വേണം ചക്രവർത്തി എന്ന് വിളിക്കാൻ അല്ലാതെ അല്പസ്വല്പം നാട്ടിന് അതും അങ്ങേടെ ഗവൺമെന്റ് അഞ്ചു വർഷം കഴിഞ്ഞാൽ അങ്ങയെ പറഞ്ഞേക്കും ഇത് എന്തി ഓണർഷിപ്പ് യു ആർ പ്രൊസസ്ഡ് ബൈ യുവർ പ്രൊസഷൻസ് എന്തെങ്കിലും പിടിച്ചാൽ ആ പിടിച്ച വസ്തു നിങ്ങളെ പിടിക്കണം എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കുന്ന വസ്തുവിന് നമ്മൾ അടിമ ആ വസ്തുവൊന്നും നമുക്ക് അടിമയല്ല അത് ജഡപപദാർത്ഥം പക്ഷെ നമ്മൾ അതിനടിമ യാതൊന്നും ഇല്ലെങ്കിൽ അവനാണ് ചക്രവർത്തി അവനാണ് സ്വതന്ത്ര അപ്പൊ സകല ആഗ്രഹങ്ങളും വിട്ടുകളഞ്ഞ ആളെ സ്ഥിരപ്രജ്ഞൻ എന്നു പറയാം ജ്ഞാനി എന്ന് പറയാം അയാൾ എല്ലാവിധത്തിലും സ്വതന്ത്രനാണ് രാമതീർത്തൻ കോളേജ് പ്രൊഫസറായിരിക്കുമ്പോൾ ഒരിക്കൽ വിവേകാനന്ദ സ്വാമിയും കൂടെ ചില ഭക്തന്മാരോട് അദ്ദേഹം ജ്ഞാനിയുടെ സ്ഥിതിയെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ രാമതീർത്ഥസ്വാമി പറഞ്ഞു ആത്മാവിലെ രമിച്ചുകൊണ്ട് യാതൊരാഗ്രഹത്തിനും അടിമപ്പെടാതെ സർവവും ഭഗവത് സ്വരൂപമായി കണ്ടുകൊണ്ട് അമൃതാനുഭവത്തിൽ രമിക്കുന്നവനാണ് യോഗി എന്ന അർത്ഥം പറഞ്ഞു കൊടുത്തിട്ടിരുന്നപ്പോ വിവേകാനന്ദ സ്വാമികൾ പുറകെ നിന്ന് ഓടി വന്നിട്ട് രാമതീർത്തിന്റെ ചെവിയിൽ പറഞ്ഞു അത്രേ സോ സച്ച് വാസ് മൈ മാസ്റ്റേഴ്സ്റ്റർ എന്ന് എന്റെ ഗുരുനാഥൻ അങ്ങനെയായിരുന്നു എന്നാണ് രാമകൃഷ്ണ പരമഹംസർ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞേ അപ്പോ യാതൊന്നിലും പറ്റില്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ സ്വതന്ത്രനായിട്ടുള്ളവൻ അവൻ അവൻ എല്ലാറ്റിനും ധിപതിയാണ് അതുകൊണ്ടാണ് സ്വാമി എന്നവരെ വിളിക്കുന്നത് സ്വാമി എന്ന് വെച്ചാൽ തന്നെ അർത്ഥം എന്താണ് ഓണർ എന്നാണ് അർത്ഥം അയാൾ ജഗത്തിന് മുഴുവൻ സ്വാമിയായതുകൊണ്ട് അതുകൊണ്ടാണ് ഒരു സന്യാസിയെ നമ്മൾ സ്വാമി എന്ന് വിളിക്കാൻ കാരണം സ്വാമി എന്ന് വെച്ചാൽ എല്ലാത്തിനും സ്വാമിത്വം എന്തുകൊണ്ടാ ഒന്നും അയാൾക്ക് അടിമയല്ലാത്തത് അയാൾ ഒന്നിനെയും അടിമയാക്കാത്തത് കൊണ്ടും അയാൾ സ്വാമിയാണ് അങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തിനെയാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത് പ്രജഹാതി യഥാ കാമാൻ സർവാൻപാർത്ഥ മനോഗത ആത്മനിയേവ ആത്മനാതുഷ്ട ആത്മാവിൽ മനസ്സുകൊണ്ടുള്ള തുഷ്ടി അല്ല ആത്മാവിൽ ആത്മാവ് കൊണ്ടുള്ള തുഷ്ടി തന്നിൽ താനായി ആനന്ദം കണ്ടെത്തുന്ന സ്ഥിതി ആത്മന്യേവ ആത്മനാതുഷ്ട സ്ഥിതപ്രജ്ഞസ്തോച്ചതേ അപ്പോ അവനെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു അപ്പൊ അവന്റെ പ്രജ്ഞ സ്ഥിരമായിരിക്കുന്നു ദൃഢമായിരിക്കുന്നു ആനന്ദം ദൃഢമായിരിക്കുന്നു ഇത് ആചാര്യസ്വാമികൾ ഇതിനെ വർണ്ണിച്ചുകൊണ്ടേ പോകുന്നു ये स्थिरा भवे प्रज्ञा यनंदो निरंतर प्रपंचो विस्मृतप्राय सजीवन्मुक्त उच्यते य स्थिता भवे प्रज्ञा आज्ञ दृढ़मोच आत्माभव आृढ़मो या विचारूट अहंकार मिलाई स्वयं शुद्ध वस्तु अचल सनातन नि्यम നിർമ്മലാകാശം പോലെ അകമയ്ക്ക് ആർക്ക് തെളിഞ്ഞു പ്രകാശിക്കണവോ യോ നിരന്തര അതായത് അതിൽ ചിത്തവൃത്തിയുടെ ഡിസ്റ്റർബൻസ് ഇല്ലാത്തത് കൊണ്ട് ആനന്ദം നിരന്തരമായി തീർന്നിരിക്കുന്നുവോ പ്രപഞ്ചോ വിസ്മൃതപ്രായ ലോകം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ശ്രദ്ധിക്കാത്ത സ്ഥിതിയിൽ ആര് ഇരിക്കുന്നുവോ സ ജീവൻമുക്ത ഉച്ചത്തെ അങ്ങനെയുള്ള യോഗിയെ ജീവൻമുക്തൻ എന്ന് പറയുന്നു ത്രിഗുണാതീതൻ എന്ന് പറയുന്നു യോഗി എന്ന് പറയുന്നു അങ്ങനെയുള്ള ആളെ തന്നെ ഭാഗവതം ഭാഗവതോത്തമൻ എന്ന് പറയുന്നു അങ്ങനെയുള്ളവനെ ഭാഗവതത്തിൽ ഭാഗവതോത്തമൻ ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയുന്നു എന്താ ഭക്തിയുടെ പരമ കാഷ്ടയാണ് ജ്ഞാനനിഷ്ഠ ജ്ഞാനനിഷ്ഠയുടെ പരാഭക്തി സ്ഥിതി രണ്ടു ആ പരാഭക്തി സ്ഥിതിയിൽ ഇരിക്കുന്ന ആളെ തന്നെ ഭഗവാനുടെ സ്ഥിരപ്രജ്ഞത്തെ എന്ന് പറഞ്ഞു ഇപ്പോ ആദ്യത്തെ ശ്ലോകം കൊണ്ട് നിരന്തര നിർവികൽപ്പാനുഭവത്തിലിരിക്കുന്ന യോഗിയാണ് പറഞ്ഞത് സമാധിസ്ഥൻ ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൽ നമുക്കിപ്പോൾ ഇത്രയും കേട്ടതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്ക് വ്യവഹാരത്തിലൊക്കെ വ്യവഹരിക്കാൻ പറ്റുമോ അഥവാ നമുക്ക് ഇതുകൊണ്ട് എന്തു പ്രയോജനം എന്ന് ഒരു സംശയം വരുമ്പോ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വ്യാവഹാരിക ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ കൊണ്ട് അലതല്ലപ്പെടുമ്പോ സുഖദുഃഖങ്ങൾ വന്ന് അലയടിക്കുമ്പോ അകമേ നിന്നുള്ള അതിനെ എങ്ങനെ എടുക്കുന്നു അകമേ അകമേ നിന്ന് അതുമായിട്ട് എങ്ങനെ വ്യവഹരിക്കുന്നു അതുകൊണ്ട് എങ്ങനെ ബാധിക്കപ്പെടാതെ ഇരിക്കുന്നു എന്നുള്ളതിനെ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പ്രതിപാദിക്കുകയാണ് അത് നമ്മള് നാളെ വൈകിട്ട് കാണാം ഇന്ന് ഇത്രയധികം തടസ്സം ഉണ്ടായിരുന്നിട്ടും ഇത്രയധികം ആളുകൾ ഇവിടെ നമുക്ക് എത്തി ശ്രദ്ധ നമുക്ക് ഭഗവാന്റെ കൃപയെ നമുക്ക് സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ആ സന്തോഷം കൊണ്ട് എനിക്ക് തോന്നുന്നു നാളെയും വൈകിട്ട് ആറര മണിക്ക് നമുക്ക് വീണ്ടും ഈ വിഷയം തുടരാം പതിവ് പോലെ രാവിലെ ഏഴുമണി മുതൽ എട്ട് മണിവരെ സദ്ദർശനം പ്രഭാഷണം ഉണ്ടായിരിക്കും ഏഴുമണി മുതൽ എട്ട് മണിവരെ ഇവിടെ ഇന്ന് രാവിലെ തുടങ്ങിക്കഴിഞ്ഞു നാളെയും സദ്ദർശനം പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ് ശംഭോ മഹാദേവദേവ േശംഭോ ശംഭോ മഹാദേവാ ഫാളാവനമൃത്കിരീട്ട ഫാളനേത്രാക്ഷിഷാദഗ്ധപഞ്ചേഷു കീടം ശൂലാഹതാരതികൂട്ടം ശുദ്ധവക്േന്ദുചൂടം ഭജേ മാർഗന്ധ ശിവ ശംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവ എല്ലാവരുടെയും വായാൻ അങ്ങനെ ഉണ്ട് പക്ഷെ ശബ്ദം വരണില്ലേ അതെന്താണോ അപ്പോ മനസ്സിലാവാത്തോ അംഗേ വിരാജദ് ഭുജംഗം അഭ്രഗംഗാ തരംഗാഭിരാമോത്തമാങ്കം ഓട്ടീകുരംഗം സിദ്ധ സംസേവിതാഘ്രിം ഭജേ മാർഗന്ധു ശംഭോ ശിവ ശംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവേവാ നിിന്ദ്രൂപം നിന് ലോകേശ വൈരി പ്രതാ താർത്തവരാഗേന്ദ്രാപം കൃത്യവാസം ഭജേ ദിവസന്മാർഗന്ധു ശംഭോ ദ േശംഭോ ശംഭോ മഹാദേവാ കപ്പഘ്നമീശം കാളകോമകേശം കുന്തേശ കോട്ടിസൂര്യ പ്രകാശം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേവ േശംഭംഭോ മഹാദവദ മൂതേരുദാരം മന്ദഗേന്ദ്രസാരം മഹാഗൗര് ദൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേവ േ പി സുഖിന് സന് സന്മയാേ ഭദ്രാണി പശ്യൻ മാ കിഖഭനസേന്ദ്രിവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാത് കോമി യം പരസ്മൈ നാരായ സമർപ്പി യമാവ തോന്നും മമ കിച്ചിസ്തിയേഷ്ടം തഥൈ ത്മനം രമണ ഭര നമു പാർവതീപതേ ഹരഹരന